ജ്ഞാനപ്രാപ്തിയുടെ ഒരുവൻ സർവകർമ്മങ്ങളെയും സന്യസിക്കുന്നു എന്നതിൽ തർക്കമില്ല ആണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് നിഷ്കാമകർമ്മ അനുഷ്ഠാനം ചിത്തശുദ്ധി ജ്ഞാനപ്രാപ്തി സർവകർമ്മ സന്യാസം അതാണ് അതിന്റെ ക്രമം ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് ഗീതാഭാഷയത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് എന്നാൽ ജ്ഞാനപ്രാപ്തി ഉണ്ടാവാൻ അതിന് പൂർവ്വമായി തന്നെ ലോകസേവനത്തെ അവശ്യം ഉപേക്ഷിക്കേണ്ടതുണ്ടോ അങ്ങനെ പറയുന്നില്ല അതുകൊണ്ട് ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നതിന് വേണ്ടി കർമ്മം ഉപേക്ഷിക്കാൻ അവരുടെ അടുത്തും കാരണം ജ്ഞാനപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്നത് ചിത്രശുദ്ധിയില്ലായ്മയാണ് അപ്പോൾ ജ്ഞാനപ്രാപ്തിക്ക് ഒരു എന്നുള്ള നിലയ്ക്ക് കർമ്മയോഗം അനുഷ്ഠിക്കണമെന്നാണ് അല്ലാതെ കർമ്മയോഗം ഇവിടെ പറഞ്ഞിരിക്കുന്ന ലോക സേവനം കർമ്മയോഗമാണ് കർമ്മയോഗത്തെ ഉപേക്ഷിക്കാൻ ഇവിടെ അദ്വീതത്തിൽ പറയുന്നില്ല കാരണം അത് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല കർമ്മത്തെ ബലാത്കാരമായിട്ട് ഉപേക്ഷിക്കാൻ ആർക്ക് സാധ്യമേ കാരണം കർമ്മത്തിന് പ്രേരകമായിരിക്കുന്ന വാസനകൾ ആ വാസനകൾ നിലനിൽക്കുമ്പോൾ കർമ്മം ചെയ്തേ തീരും ഒരാൾക്ക് കർമ്മത്തെ ബലാത്കാരമായിട്ട് ഉപേക്ഷിക്കാൻ ഒരിക്കലും സാധ്യമേ പിന്നെ വേണ്ടി വന്നാൽ കർമ്മത്തെ മാറ്റിയെടുക്കാം കർമ്മരംഗം മാറ്റാം അതിനെയും വാസന സ്വാധീനിക്കും എങ്കിലും കർമ്മത്യാഗമെന്ന് പറയുന്നത് ജ്ഞാനപ്രാപ്തിയിലൂടെ മാത്രമേ സാധ്യമാകൂ കാരണം കർമ്മത്തിന് പ്രേരമായിരിക്കുന്ന വാസനായതുകൊണ്ട് അതുകൊണ്ട് കർമ്മം ഉപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കർമ്മ യോഗത്തെ അനുഷ്ഠിക്കാൻ പറയുന്നത് കർമ്മം ചെയ്യുന്ന യോഗമായി അനുഷ്ഠിക്കുക സ്വീവരാകത്ത് കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഭാഷ്യത്തിനും പറയുന്നത് ജ്ഞാനപ്രാപ്തി കർമ്മത്യാഗം എന്നാണ് പറയുന്നത് ജ്ഞാനപ്രാപ്തി കൊണ്ടേ കർമ്മത്തെ ത്യക്കാൻ പറ്റും അതിന് ഭാഷ്യകാനം പറയുന്നെങ്ങനെ ഞാൻ അകർത്താവാണ് ഞാൻ കർമ്മം ചെയ്യാത്തവനാണ് ആ ഭോക്താവാണ് ഞാൻ ഭോക്താവല്ല ഞാൻ പരമാത്മസ്വരൂപമാണ് എന്നുള്ള ബോധം ദൃഢമായിട്ടുള്ള ബോധം ആ ബോധം കൊണ്ട് മാത്രമേ ഒരാൾ ഇന്ന് കർമ്മം ഒഴിഞ്ഞു പോകുന്നുള്ളൂ ആ ജ്ഞാനം കർമ്മത്തിൽ ഇല്ലാതാക്കുകയാണ് കർത്തൃത്വ ബോധത്തെ നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കർമ്മം പോകുന്നു നമ്മൾ സാധാരണ ഭരിക്കുന്നതുപോലെ ഒരു കർമ്മം ഞാൻ ചെയ്യുന്നില്ല എന്ന് വെക്കുന്നതിന് എന്റെ കൂടെ കർമ്മത്തെ ആകും എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഞാൻ വിചാരിക്കാണ് ഞാൻ ഇന്നീ പ്രവൃത്തി ചെയ്യുന്നില്ല അതുകൊണ്ട് കർമ്മത്യാഗമല്ല കാരണം അത് ഒരു കർമ്മരംഗത്തെ നമ്മൾ മാറ്റുന്നുള്ളൂ അതൊരിക്കലും കർമ്മത്യാഗമാകത്ത ഉദ്യോഗം രാജിവെക്കുന്നതോ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നതോന്നും ഇവിടെ കർമ്മത്യാഗമല്ല അതൊക്കെ നമ്മൾ നമ്മുടെ താത്കാലികമായ സൗകര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കർമ്മരംഗങ്ങളെ മാറ്റുന്നതാണ് സങ്കരാചാര്യർ പറയുന്ന കർമ്മത്യാഗം എന്ന് പറയുന്ന ഞാൻ കർത്താവല്ല ആത്മാവിൽ കർത്തൃത്വമില്ല എന്നുള്ള ആ ബോധം കൊണ്ട് ആത്മാവ് നിസ്സംഗമാണ് അതിൽ ഒരു കർമ്മങ്ങളും നിലനിൽക്കുന്നില്ല എന്നുള്ള ബോധം കൊണ്ട് സ്വാഭാവികമായി വന്നുചേരുന്ന കർമ്മത്യാഗം അതാണിവിടെ സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് അത് ജ്ഞാനം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ബാഹ്യമായിട്ടുള്ള ത്യാഗം കൊണ്ട് അത് ഉണ്ടാകത്തില്ല ഇതാണ് അദ്വൈത സിദ്ധാന്തം അതുകൊണ്ട് ജ്ഞാന ഉണ്ടാകാൻ വേണ്ടിയിട്ട് കർമ്മയോഗത്തെ ഉപേക്ഷിക്കണം എന്നുള്ളത് അദ്വൈതത്തിന് സംവദിക്കുന്ന കാര്യമെന്താ അതുകൊണ്ട് ജ്ഞാനപ്രാപ്തി ഉണ്ടാകാനായ പൂർവ്വമായി തന്നെ ലോക സേവനത്തെ അവശ്യം ഉപേക്ഷിക്കേണ്ടതുണ്ടോ ഉപേക്ഷിക്കണമെന്നാണ് ഉത്തരമെങ്കിൽ അതങ്ങനെ സംഭവിക്കുന്നത് ഉപേക്ഷിക്കണമെന്നൂടെ പറയുന്നില്ല അതുകൊണ്ട് അതിൽ അതൊരു വിഷയമേ അല്ല പിന്നീട് അതിലൊരു ഇത് വരുന്നത് ഒരു സംശയം വീണ്ടും വരാൻ പിന്നെ സംശയം വരുന്നത് ഇപ്പോൾ ഒരാൾ അജ്ഞാനിയായിരിക്കുന്നു പിന്നീട് ജ്ഞാനിയാകുന്നു അജ്ഞാനിയായിരിക്കുന്ന ആൾ ജ്ഞാനിയാകുന്നു ഇതിനിടയ്ക്ക് പിന്നൊരു ഇടവേള ഉണ്ടല്ലോ അജ്ഞാനി ഇവിടെ ജ്ഞാനത്തിലേക്കുള്ള പ്രയാണം അവിടെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് അജ്ഞനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഞാനിയാകാൻ വേണ്ടി പ്രയത്നിക്കുന്നു ആ പ്രയത്നിക്കുന്ന സന്ദർഭത്തിൽ കർമ്മ അനുഷ്ഠിക്കണോ കർമ്മത്തിൽ ധരിക്കണോന്ന് അങ്ങനെ ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ ആ പ്രയാണത്തിലാണ് അജ്ഞാന് ഞാനിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പരിശ്രമം അതിലാണ് ഈ കർമ്മയോഗം വരുന്നത് അതുവരെ ഉണ്ടായിരുന്നത് കേവല കർമ്മം അഹന്തയോടും മമതയോടും കർത്തൃത്വ ഭക്തൃത്വ വിചാരത്തോടും കൂടി ചെയ്യുന്ന കർമ്മം അതുവരെ അയാളില് സാമാന്യ ബോധം വരുന്നു നിത്യാനിത്യ വസ്തുവേദവും എല്ലാം പറയുന്ന ബോധം ഈശ്വരപ്രാപ്തിയാണ് ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ തടസ്സങ്ങളുണ്ട് ചിത്തമാലിന്യം അതാണ് തടസ്സമായിരിക്കുന്നു തത്ത് ബോധം ഉറയ്ക്കുന്നില്ല അതിന് കാരണം എന്താണ് ചിത്തമാലിന്യങ്ങൾ അപ്പോൾ ആ ചിത്ത മാലിന്യങ്ങൾ ചിത്രത്തിന് ഏകാഗ്രതയില്ലാതിരിക്കുക വിഗ്നങ്ങൾ ഉണ്ടായിരിക്കുക ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ഗുരു അനുഗ്രഹം ദേവതാനുഗ്രഹം കിട്ടാതിരിക്കുക ഈ സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴാണ് പിന്നെയൊക്കെ അയാൾ തിരിച്ചറിഞ്ഞിട്ടാണ് അയാൾ ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുന്നത് അപ്പോൾ അയാൾക്ക് ചെയ്യേണ്ടി വരുന്നത് കർമ്മയോഗമാണ് ആ കർമ്മയോഗം അനുഷ്ഠിക്കുന്നിടത്ത് എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ചോദ്യം വരും ഏത് കർമ്മമാണ് യോഗമായിട്ട് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് വീണ്ടും വരും പ്രശ്നം അപ്പോൾ അതിന് ഗീതയിൽ പറയുന്ന എന്താണ് സ്വധർമ്മത്തെ യോഗമായിട്ട് അനുഷ്ഠിക്കുക സ്വധർമ്മം എന്നെ പറയുമ്പോൾ അതിന് വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട് അന്നത്തെ പശ്ചാത്തലത്തിൽ ഇന്ന് നോക്കുമ്പോൾ അതിന് ശരിയായി വർണ്ണധർമ്മങ്ങളോ ശരിയായിട്ടുള്ള ആശ്രമധർമ്മങ്ങളോ ില്ല അതുകൊണ്ട് നമുക്ക് പൊതുവെ സ്വകർമ്മം എന്നുള്ളതുകൊണ്ട് ധാർമ്മികമായ പ്രവൃത്തികൾ അത് നിസ്വാർത്ഥമായി അനുഷ്ഠിക്കുക എന്ന് പറയും അപ്പോൾ ലോകസേവനം പോലെയുള്ള പ്രവൃത്തികൾ അവശ്യം അതിൽ വേണം എന്നാണ് എന്ന് നമുക്ക് സ്വീകരിക്കാം ഈ വർണ്ണ ആശ്രമ ധർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോഴും പറയുന്നുള്ളൂ കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കുക നിഷിദ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നുള്ളൂ അപ്പം അത്തരത്തിലുള്ള കാമ്യ നിഷിദ്ധ നിത്യ നൈമിത്യകർമ്മങ്ങൾ വൈദികമായ കർമ്മങ്ങൾ ഇന്നും നമുക്ക് പ്രാപ്ത അത് അനുഷ്ഠിക്കേണ്ട നമുക്കില്ല അതുകൊണ്ട് അത്തരം കർമ്മങ്ങളിൽ കുറിച്ച് ഇന്നിപ്പോൾ വലിയ പ്രയോജനമില്ല ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് വന്നുചേരുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങളിൽ േറ്റവും അഭികാമ്യമെന്ന് തോന്നുന്ന ശ്രേഷ്ഠമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക പ്രവർത്തി അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുക അപ്പൊ പരോപകാരാർത്ഥമുള്ള പ്രവൃത്തികളെല്ലാം അധികം ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ് കർമ്മയോഗവും മറ്റും അധികപ്പെടും അപ്പൊ ലോകസേവനവും മറ്റും അധികപ്പെടും ഒരിക്കലും അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നൊരു ഇത് വരുന്നില്ല ഇത് പറയുമ്പോൾ ഓർക്കണം പറയുന്നതല്ല അദ്വൈത നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന അതാണ് അദ്വൈത ആശയത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ശങ്കരാചാര്യന്റെ സിദ്ധാന്തത്തിന്റെ വെളിച്ചെത്തി പറയുകയാണ് അങ്ങനെ വന്ന് കഴിഞ്ഞാൽ ആ ചിത്തശുദ്ധി വരുമ്പോൾ അയാളുടെ ജ്ഞാനം ഉറയ്ക്കുന്നു അപ്പോൾ അയാളൊന്ന് കർമ്മം ഒഴിഞ്ഞു പോകുന്നു അപ്പോൾ ഈ അതിനിടയ്ക്ക് വേറൊരു ചോദ്യം ഇപ്പോൾ സന്യാസം എന്ന് പറയുന്നത് ജ്ഞാനിയുള്ള സന്യസിക്കുന്ന അജ്ഞാനിയല്ലേ സന്യാസിക്കുന്നു സാധാരണ നമ്മൾ കാണുന്ന സന്യാസം അനുഷ്ഠിക്കുന്ന സന്യാസം അവിടെ കർമ്മമുണ്ടോ എന്ന് വീണ്ടും സംശയം വരാം അപ്പം അതിനാണ് നമ്മൾ അതും ചർച്ച ചെയ്തിട്ടുള്ളതാണ് വിവിധ സന്യാസം അവിടെ എന്താണ് അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന പഴയ കാലത്ത് വർണ്ണ ആശ്രമവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളായിരുന്നു ഇന്നതില്ല അവിടെ പറഞ്ഞിരിക്കുന്നത് കാമ്യനിഷിദ്ധ കർമ്മങ്ങൾ ഉപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവശ്യം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക ഇവിടെ ഭാഷത്തിന് നമ്മൾ മനസ്സിലാക്കും കർമ്മം കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അഗ്നിഹോത്രാദി കർമ്മങ്ങളേ ഉള്ളൂ പ്രധാനമായിട്ട് ഇന്ന സാഹചര്യങ്ങൾ മാറി അത് സന്യാസം കൊണ്ട് ഇന്നത്തെ കാലത്തും സ്വാർത്ഥപരമായ കർമ്മങ്ങൾ അധാർമികമായ കർമ്മങ്ങൾ അതൊക്കെ ഉപേക്ഷിക്കുക നിസ്വാർത്ഥമായ കർമ്മം ചെയ്യുക അപ്പോൾ പരോപകാരമായ പ്രവൃത്തികൾ ചെയ്യുക സന്യാസത്തിനും അത്രയർത്ഥമുള്ളൂ അത്രയും തന്നെ അർത്ഥം പിന്നെ അതിനോട് ചേർന്ന് മറ്റനുഷ്ഠാനങ്ങളും ആധ്യാത്മികമായ പുരോഗതിക്ക് സഹായിക്കുന്ന ജപം ധ്യാനം ആത്മീയ ഗ്രന്ഥങ്ങളുടെ പഠനം തുടങ്ങിയ അനുഷ്ഠാനങ്ങളും അതിനോടൊപ്പം വരുന്നു വേദാന്ത ശ്രവണം പോലെയുള്ള കാര്യങ്ങളും വരുന്നു അതെല്ലാം വരുന്നതുകൊണ്ട് കർമ്മത്തെ പാടെ ഉപേക്ഷിക്കുക എന്നർത്ഥമുണ്ട് കാരണം കർമ്മത്തെ പാടെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് സാധ്യത ഉപേക്ഷിക്കത്തുമില്ല ഇനിയിപ്പം നമ്മൾ ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ കർമ്മം മുഴുവൻ ത്യജിച്ച് ഞാനമാർഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അത് ഒരാളെ പ്രേരിപ്പിച്ചത് ചെയ്യാനും സാധ്യമുണ്ട് കാരണം അതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് വലിയ ഒരാളു വരെ അവൻ്റെ പൂർവ്വ സംസ്കാരമാണ് ഇപ്പം നമ്മൾ രാവിലെ മുതൽ വൈകുന്നതുവരെ ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ഒരാൾക്ക് വേദാന്ത ശ്രവിക്കുന്നതിന് അവസരം ഉണ്ടാക്കി എന്നിരിക്കട്ടെ ഒരിക്കലും ഒരാൾക്കതിന് പാകതയില്ലെങ്കിൽ അയാൾ കേൾക്കാൻ പറ്റത്തില്ല അല്പസമയം അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വയം അതിനെ മനനം ചെയ്യാൻ ശ്രമിച്ചാൽ മനസ്സതിൽ നിന്ന് വിമുഖമാകും ഒന്നുകിൽ ഉറക്കം വരും ആലസ്യം വരും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ വേർപ്പെട്ടാൽ അയാൾക്ക് ഉന്മേഷം മാനസിക ഉന്മേഷം വരുത്തണം കാരണം അതൊന്നും ബലാത്കാരമായി ചെയ്യിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ചെയ്യാനും സാധ്യത കാരണം വാസനയാണ് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പോൾ കർമ്മം അനുഷ്ഠിച്ചേ തീരും അതിനുള്ള വാസനയുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്തു തന്നെ തീർന്നു ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ധ്യാനിക്കാൻ ഒക്കത്തില്ല ഒരു ദിവസം ധ്യാനിക്കും രണ്ട് ദിവസമാണെങ്കിൽ ഒരാഴ്ച പിന്നെ അതിന് ഓഡിയൻസ് എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു മാസം അതിൽ കൂടുതലൊരിക്കലും പറ്റത്തില്ല പിന്നെ അങ്ങനെ ബലം പ്രയോഗിച്ച് പിന്നെ കൊണ്ട് അപൂർവ്വം ചില ജീവന്മാർ വളരെ അപൂർവമായി കൂടാനുകൂടി ഒന്നു ജന്മനാൾ തന്നെ അങ്ങനെ വൃത്തി നിരോധമൊക്കെ സംഭവിച്ചവരായിട്ട് ജനിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ചിലപ്പം ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം യാതൊരു പ്രപഞ്ച പ്രവൃത്തികളും ഇടപെടാതെ ചിത്തം നിരുദ്ധമായ അവസ്ഥയിലൊക്കെ ഇരിക്കാൻ പറ്റിയെന്നിരിക്കും അത് കേട്ടിട്ടോ വായിച്ചിട്ടോ ഒരാൾ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ അത് നടക്കുന്ന കാര്യമുണ്ട് എന്നെ കൊണ്ടെന്താനും കഴിയത്തില്ല അതുകൊണ്ട് ആർക്കും കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല അപൂർവം ആർക്കെങ്കിലും ചിലപ്പോൾ കഴിഞ്ഞിരിക്കും സാധാരണ നമ്മൾ ശ്രമിക്കുന്നത് കൂടുതലും ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കേൾക്കുകയോ വായിക്കുകയോ കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മളെ അനുകരിക്കാനാണ് ശ്രമിക്കുന്നത് അനുകരിക്കാൻ ശ്രമിക്കും അതിനുള്ള നമ്മൾ ചിന്തിക്കാറില്ല അത് അനുകരിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ഇത് നമുക്ക് ഞാനും ഗുഹയ്ക്കകത്തൊക്കെ പോയി ഇരുന്ന് നോക്കിയിട്ടുണ്ട് കണ്ണുകൂടെ ഇരുന്നിട്ട് പ്രപഞ്ചത്തെ മറന്നിരിക്കാം വിശെണ്ണൊപ്പം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ടുണ്ട് ഉള്ള കാര്യമാ പറയും അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല കാരണം ഉള്ള സംസ്കാര ബലം അത് വേണം അങ്ങനെയല്ല നമ്മൾ വാശി പിടിച്ച് ബലം പ്രയോഗിച്ച് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെന്തെങ്കിലും മനസ്സിന്റെ സമനിലയിൽ തെറ്റി അങ്ങനെ സംഭവിക്കാം കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെ ബലം പ്രവിച്ച ഒരാൾ ദുഃഖിക്കാതിരുന്നു അതായത് കർമ്മത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി ദുഃഖിക്കാതിരുന്നു കഴിഞ്ഞ് പിന്നെ അവസാനം അതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ വയ്യാതെയാവും അതുപോലെ തന്നെ ഒരാളെ പിടിച്ച് ആ ജീ ജീവപര്യന്തം തടവിന് ശേഷിച്ച് അയാളത് ഒരിക്കലും ആഗ്രഹിച്ചതല്ല അയാളെ പിടിച്ച് ജയില കഠിനടവ് ജയനകത്ത് അടച്ചിട്ട് അയാൾ പത്തിരുപത് വർഷം ജയനകത്ത് കിടന്നിട്ട് പിന്നീട് അയാളുടെ കാലാവധി തുറന്നു വിട്ടപ്പോൾ അയാൾ പറയാന് എനിക്ക് പുറത്ത് വേണ്ടത് അതിനകത്ത് തിരുന്നാൽ മതി എന്ന് പറയുന്നത് പോലെ അയാൾ പുറത്ത് വരാനോ പ്രവർത്തിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല അയാൾ യോഗിയായത് കൊണ്ടല്ല അത്തരം മനസ്സങ്ങ് പൊരുത്തപ്പെട്ട് പിന്നീട് അയാൾക്ക് പുറമെയുള്ള വ്യവഹാരങ്ങൾ അസാധ്യമായിത്തീരും അങ്ങനെ ഒരവസ്ഥ ചിലർക്കൊക്കെ വരുന്നു വന്നിട്ടുണ്ടെന്നൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ബലാത്കാരമായിട്ട് ചിലപ്പോൾ ഗുഹിക്കാത്തരുന്നാൽ ചിലപ്പോൾ പുറത്തിറങ്ങി വരാൻ പറ്റാതെ വരും അതൊന്നും യോഗത്തിന്റെ അവസ്ഥയായിരിക്കണമെന്നില്ല ഒരു പ്രത്യേക മാനസിക വിഭ്രാന്തി എന്നോ മനസ്സിന്റെ സമസ്ഥ തെറ്റിയതുമൊക്കെ ആകാം ഞാനിങ്ങനെ ഇതുവഴി നടന്നു വരുമ്പോൾ ഇതിന്റെ സൈഡിലൊക്കെ ഗുഹകൾ കെട്ടിയിട്ടിരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത് ആരെങ്കിലും ഇരുക്കുണ്ടോ ഇങ്ങനെ തപസ് ചിന്തിച്ചുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല ഇനി ഞാനാ യോഗ്യതയുള്ള ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് ആകത്തില്ലെന്ന് പറയുന്നില്ല പക്ഷെ സാധാരണഗതിയിൽ ഈ ഗുഹ കണ്ടുകൊണ്ടാരും അകത്ത് കയറരുത് വരാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കർമ്മയോഗത്തിന്റെ മണ്ഡലത്തിലാണ് കർമ്മയോഗത്തിന്റെ മണ്ഡലത്തിൽ നിൽക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഏത് പ്രവൃത്തിയും കുറച്ച് ചേരുമ്പോ അതിലൊരു വിരസത വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോ തോന്നും ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് ഗുഹിക്കാത്തിരുന്നാലെ ചിന്തിക്കും പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരാദ്യം അതൊന്നും ഒരു ആലസ്യത്തിൽ നിന്നും മടിയിൽ നിന്നൊന്നും ഉണ്ടാവുന്നതല്ല ആ ത്യാഗമെന്ന് പറയുന്നു കാരണം അടുത്ത ചോദ്യം അതാണ് ചിത്തശുദ്ധി ജ്ഞാനപ്രാപ്തി വീടെ ലക്ഷണങ്ങൾ വിശദമാക്കാം എന്നാ അപ്പോ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിക്കാൻ കാരണം വിശ്വാസങ്ങളിലും പറയുന്നു പക്ഷെ എന്താണ് ചിത്തശുദ്ധി എന്താണ് ജ്ഞാനപ്രാപ്തി എന്നുള്ളത് ആർക്ക് സ്വയം മനസ്സിലാകുന്നതാണ് വിശദീകരണത്തിന്റെ ആവശ്യമില്ല ഇപ്പം ജ്ഞാനപ്രാപ്തി എന്ന് പറയുന്നത് വേറെ ആൾ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടതല്ല കാരണം ജ്ഞാനം പ്രാപിക്കുമ്പോൾ സ്വയം ഒന്ന് മനസ്സിലാക്കിക്കോളൂ ചിത്തശുദ്ധി ചിത്തശുദ്ധിയെക്കുറിച്ച് ഒരു സംശയം അത് ചിത്തശുദ്ധി വന്നയാളിനും ഉണ്ടാകത്തില്ല കാരണം സ്വയം ഒരു വ്യക്തിയുടെ സ്വാനുഭവമാണ് ആദ്യത്തെ ശുദ്ധി എന്ന് പറയുന്നത് അതിനകത്ത് ഒരിക്കലും മറ്റൊരാളിക്ക് ചോദിക്കേണ്ട കാര്യം എന്നാൽ അതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളതിനെ കുറിച്ചുള്ള ഒരു ആശയം ആവശ്യമാണ് ഏത് കാര്യത്തിനും അവർ ജീവൻ മുക്തിയെക്കുറിച്ചും ജ്ഞാനപ്രാപ്തിയെക്കുറിച്ചും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശാസ്ത്രങ്ങൾ എന്തിനു വിശദീകരിക്കുന്നു ആ വിശദീകരണങ്ങൾ കേട്ടിട്ട് ഒരാൾ ജ്ഞാനിയാവുന്ന ഉദ്ദേശത്തിലല്ല വിശദീകരിക്കുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാളിനത് എന്താണ് എന്നുള്ളൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചിത്തശുദ്ധി എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു ധാരണ ഉണ്ടായാലേ അയാൾക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് വിശദീകരിക്കുന്നത് പരമാർത്ഥത്തിൽ അത് ഗ്രഹിക്കേണ്ടത് സ്വാനുഭവത്തിലൂടെയാണ് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ചിത്തശുദ്ധിയെക്കുറിച്ച് പറയുന്നത് എന്താണ് വളരെ ലഘുവായിട്ടാണ് പറയുന്നത് രാഗദ്വേഷങ്ങളും മനസ്സിലില്ലാത്ത അവസ്ഥ അതാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷം എന്ന് പറയുമ്പോൾ അതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതൊന്നും നമ്മുടെ മനസ്സിൽ ഊതിക്കാതിരിക്കുന്ന ഒരവസ്ഥ അതാണ് ചിത്തശുദ്ധി എന്നു പറയുമ്പോൾ വരുന്ന പരമമായ ശാന്തി ചിത്തശുദ്ധി രാഗദ്വേഷങ്ങളില്ലാതിരിക്കുന്ന മനസ്സ് എന്ന് പറയുന്നത് ശാന്തമായിരിക്കും പരമമായ ശാന്തി ആ മനസ്സിനുണ്ടായിരിക്കും ഏത് സാഹചര്യത്തിനും ഏത് വിപരീത പരിസ്ഥിതികളിലും മനസ്സ് വളരെ ശാന്തമായി നമ്മൾ ബലം പ്രയോഗിച്ചുണ്ടാക്കുന്ന ശാന്തി വിപരീത പരിസ്ഥിതികളിൽ മനസ്സ് ശാന്തമായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരു പറഞ്ഞോ ശാസ്ത്രം പറഞ്ഞോ മനസ്സിലാക്കിയാൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കും എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴും മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ ശ്രമിക്കും അതൊരഭ്യാസം മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർ നമ്മുടെ അശാന്തതയെ അറിയാതിരിക്കാൻ വേണ്ടി നമ്മളതിനെ മറച്ചു പിടിക്കാൻ ശ്രമിക്കും അതൊരഭ്യാസമാണ് ഇപ്പോൾ ഒരു പ്രയാസം വന്നു നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യം വന്നു അപ്പൊ നമ്മൾ ശാന്തനാണെന്ന് ഭാവിക്കാൻ ശ്രമിക്കും പ്രത്യേകിച്ചും ഭക്തന്മാരൊക്കെ അടുത്തുണ്ടെങ്കിൽ കാരണം അത് നമ്മളൊരാവശ്യമാണ് അത് ശരിക്കുള്ള ഒരു അഭ്യാസമൊന്നും പറയാൻ പറ്റില്ല എന്നാലും അതൊരഭ്യാസമാണ് ഒരു തരത്തിലുള്ള ഒരു അഭ്യാസമാണ് ഈ അഭ്യാസങ്ങളല്ല ഇവിടുത്തെ ചിത്രശുദ്ധി എന്ന് പറയുന്നത് സ്വത അത് ശാന്തമായിരിക്കുക നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ് മനസ്സിന് ക്ഷോഭം ഉണ്ടാകുമ്പോൾ ആ ക്ഷോഭത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ ക്ഷോഭത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നു അതാണ് നമ്മളെ അഭ്യാസം എന്ന് പറയുന്നത് അതിനൊന്നുമ്പോൾ നമ്മുടെ മനസ്സ് ക്ഷോഭിച്ചിരിക്കും അതിനെ തിരിച്ചറിയുന്നു തിരിച്ചറിഞ്ഞിട്ട് അത് കൂടുതൽ ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ ഉണ്ടായത് വേണ്ടി നമ്മൾ ശ്രമിക്കും ഇതാണ് നമ്മുടെ അഭ്യാസം സാധന എന്ന് പറയുന്നത് ചിത്തശുദ്ധിയിൽ അതല്ല സംഭവിക്കുന്നത് അങ്ങനെ ഒന്നും ഉണ്ടാകുന്നുണ്ട് അവിടെ ശാന്തമായി തന്നെ ഇരിക്കുന്നു ചിത്തത്തെ അശുദ്ധമാക്കുന്നതാണ് ജലത്തിൽ ഓളങ്ങൾ വരുന്നത് കാറ്റ് വീശി അല്ലെങ്കിൽ അല്ലാതെങ്കിലും ഒരു കല്ലെടുത്തിട്ട് രണ്ട് തരത്തിലും വരെ കാറ്റ് വീശുമ്പം സമുദ്രത്തിൽ തിറകൾ ഉണ്ടാകും അല്ലെങ്കിൽ പുറമെ നിന്നെന്തെങ്കിലും അതിലേക്ക് വീഴണം അതുപോലെ നമ്മുടെ ചിത്തത്തിൽ അശാന്തി രണ്ടു തരത്തിലുണ്ടാകാം ഒന്ന് കാറ്റ് വീശുന്നുണ്ട് അതായത് നമ്മുടെ പൂർവ്വവാസനകൾ പുറമേ നിമിത്തങ്ങളൊന്നും വേണ്ട മനസ്സ് അസ്വസ്ഥമാകും പറയുമല്ലോ ഇന്നെനിക്ക് ശരിക്ക് ഒരു മൂഡില്ല എന്ന് നമ്മൾ പറയുന്നു പ്രത്യേകിച്ച് കാരണമുണ്ടായിട്ടുള്ള പൂർവ്വവാസനകളാണത് മനസ്സിനെ മൂഢമാക്കുന്നു അല്ലെങ്കിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു കാരണം എന്താണെന്ന് പ്രീട്ടത്തില്ല ഇതിന് കാരണം വാസനകളാണ് അപ്പോൾ ഈ വാസനകൾ ചിത്തശുദ്ധിയിലൂടെ ഏറെക്കുറെ പൂർണ്ണമായും അല്ല ഏറെക്കുറെ നശിക്കുന്നു ഈ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെയും മറ്റും ചെയ്യുന്നു അത് കുറേ നറ്റിക്കുന്നു അപ്പം നമ്മളെ അസ്വസ്ഥമാകുന്ന ആ വാസനകൾ കുറയും അപ്പൊ ആ വാസനകൾ കൊണ്ടുള്ള മനസ്സിന്റെ അസ്വസ്ഥത ഇതില്ലാതാകും ഉള്ളിൽ തന്നെയുള്ള രാഗദ്വേഷങ്ങൾ കൊണ്ട് മനസ്സിന് അസ്വസ്ഥതയുണ്ടാകും അതിന് ബാഹ്യമായ എന്തെങ്കിലും നിമിത്തം വേണം പുറമേ നിന്ന് ഒരു കല്ലെടുത്തിട്ടാൽ വെള്ളത്തിൽ ഓളം വരുന്ന പോലെ ബാഹ്യമായ നിമിത്തങ്ങൾ അതുകൊണ്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും അശാന്തമാകും വാസനയെ നിയന്ത്രിച്ച് മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള നിമിത്തങ്ങളും മനസ്സിനെ അസ്വസ്ഥമാക്കാതിരിക്കാൻ ഒരാൾക്ക് കഴിയും ഇതൊന്നും നൂറ് ശതമാനമല്ല ഒരു പരിധിവരെ അങ്ങനെ കഴിയും അങ്ങനെ ഒരു ബാഹ്യമായ നിമിത്തങ്ങളുണ്ടായാലും മനസ്സ് അതിനെ പ്രതികരിച്ച് അസ്വസ്ഥമാക്കാതിരിക്കാനുള്ള ഒരു ശേഷി അതൊരു എന്താണ് ചിത്തദാർഢ്യം എന്ന് പറയും ചിത്തത്തിന്റെ ഒരു ബലം അന്ധകരണത്തിന്റെ ഒരു ബലമുണ്ടാവണം അതും ചിത്തശുദ്ധിയുടെ അടയാളമാണ് അപ്പോൾ രണ്ടു തരത്തിലായാലും വാസന പ്രേരിതമായാലും ശരി ബാഹ്യനിമിത്തങ്ങൾ അപേക്ഷിച്ചായാലും ശരി മനസ്സ് സ്വസ്ഥമായിരിക്കുക ശാന്തമായിരിക്കുക ഇതാണ് ചിത്തശുദ്ധിയുടെ പ്രത്യക്ഷമായ അടയാളം അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ജ്ഞാനപ്രാപ്തിക്ക് ശേഷം ചിത്തശുദ്ധി എന്ന് പറയുന്നത് സാധനയുടെ ഒരു ഘട്ടമാണ് ശുദ്ധാവസ്ഥ അവിടെ ആ സാധനയുടെ ആഘട്ടത്തിലും നല്ലൊരു പരിധിവരെ മനസ്സിനെ അങ്ങനെ സ്വസ്ഥമാക്കി ശാന്തമാക്കി നിർത്താൻ പറ്റും അതുകൊണ്ട് ചിത്തശുദ്ധിയുടെ ലക്ഷണം അത് തന്നെയാണ് രാഗദ്വേഷങ്ങളില്ലാതിരിക്കുക അത് നിമിത്തമായിട്ട് വരുന്ന മാനസിക അസ്വസ്ഥതകളൊന്നും ഇല്ലാതിരിക്കുക മനസ്സ് ശാന്തമായിരിക്കുക അത് കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ പറ്റും എന്തെങ്കിലും സാധനങ്ങൾ അനുഷ്ഠിച്ച് ഒരാൾ എന്തെങ്കിലും ആധ്യാത്മികമായ ശുദ്ധിവിശേഷങ്ങൾ നേടിയാലും ഈ പറയുന്ന ചിത്തശുദ്ധി വരണമെന്നില്ല അതുകൊണ്ടാണ് യോഗശാസ്ത്രത്തെയും മറ്റ് അഭ്യാസങ്ങളെയൊക്കെ ശങ്കരാചാര്യൻ നിഷേധിക്കുന്നു കാരണം മറ്റു അഭ്യാസങ്ങളെ നിഷേധിക്കാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഫലമില്ല അർത്ഥത്തിലല്ല നമ്മൾ എന്തെങ്കിലും ചില പ്രത്യേക സാധനങ്ങളിലൂടെ ഇപ്പോൾ പ്രത്യേകമായൊരു മന്ത്രജപത്തിലൂടെ പ്രത്യേകമായ ഏതെങ്കിലും ഒരു യോഗാഭ്യാസത്തിലൂടെ എന്തെങ്കിലും ഒരു സിദ്ധി നമ്മൾ നേടിയെടുക്കുന്നു പല ഹൃദയ ജ്ഞാനമോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സിദ്ധി പക്ഷെ അതൊന്നും ചിത്തശുദ്ധിയുണ്ടാക്കത്തില്ല ചിത്തശുദ്ധിക്ക് മുഖ്യമായിട്ട് കർമ്മയോഗാനുഷ്ഠാനം തന്നെ വേണം എന്നാണ് നിർദ്ദേശിക്കുന്നത് അദ്വൈതിയുടെ അഭിപ്രായം അതുകൊണ്ട് അദ്വൈതം കർമ്മത്തെ പാടെ നിഷേധിക്കുന്നില്ല അതിന്റെ ആവശ്യകതയെ എടുത്തു പറയുന്നുണ്ട് ജ്ഞാനപ്രാപ്തിയെ സംബന്ധിച്ചതുപോലെ ജ്ഞാനപ്രാപ്തിയുടെ ലക്ഷണം എന്താണെന്നാണ് ചോദിക്കുന്നതാണ് സ്ഥിതപ്രജ്ഞലക്ഷണവും മറ്റും ഗീതയിൽ പറയുന്നത് ഗീതയിലെ സ്ഥിതപ്രജ്ഞലക്ഷണം ഗുണാതീത ലക്ഷണം ഇതെല്ലാം വായിച്ചു നോക്കുക അവിടെയെല്ലാം പറയുന്നത് ജ്ഞാനീടെ ലക്ഷണങ്ങളാണ് ഞാനീയുടെ ലക്ഷണം ഇത് തന്നെയാണ് ഞാനെന്നും ആ ഭാവം ശരീരത്തിൽ വരുന്ന ആ ഭാവങ്ങൾ ശരീര സംബന്ധിയായിട്ട് വരുന്ന ആ ഭാവങ്ങളൊന്നുമില്ല ആ ആന്തരികമായ ഭാവങ്ങളില്ല മുമായിട്ടുള്ള ലക്ഷണം അത് തന്നെ പിന്നെ ബാഹ്യമായി ഒരാൾക്ക് മനസ്സിലാകാത്തക്ക രീതിയിൽ പറയുന്നതാണ് സ്ഥിരപ്രജ്ഞന്റെ ലക്ഷണവും മറ്റും ശാസ്ത്രങ്ങളുടെ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് സാധാരണ പ്രകടന ഗ്രന്ഥങ്ങളും മറ്റു ജ്ഞാനത്തെക്കുറിച്ചും വി ഐ ചൂടാവണി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വായിച്ചു അതിനകത്തെല്ലാം ഈ ജ്ഞാനിയുടെ കുറിച്ച് പറയുന്നുണ്ട് ലക്ഷണത്തെ പറയുന്നുണ്ട് അടുത്തു മുക്തൻ ലോകസംഗ്രഹം ചെയ്യുന്നത് കേവലം പ്രാരബ്ദവശത്താറാണ് അതോ അതിനെ പ്രാരബമില്ലാത്ത അവസ്ഥയിലും മറ്റുള്ളവരുടെ പ്രാർത്ഥന സ്വീകരിച്ച് അവരുടെ ലോക അവർക്ക് ലോക സംഗ്രഹം ചെയ്യുവാൻ ശ്രീബുദ്ധന് ശ്രീ ശങ്കരാചാര്യൻ ഇങ്ങനെ ലോകസംഗ്രഹം ചെയ്തതായി കഥകളിൽ കാണുന്നുണ്ട് അപ്പോൾ ജീവൻ മുക്തരായിരിക്കുന്ന ശ്രീ ബുദ്ധൻ ശ്രീശങ്കരാചാര്യൻ ഇങ്ങനെയുള്ള എല്ലാ ആചാര്യന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മുമ്പ് ജീവിച്ചിരുന്നവരും എല്ലാം അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അദ്വൈതിയുടെ അതിന് വിശദീകരിക്കുന്നതനുസരിച്ച് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ലോകസംഗ്രഹമാണ് ലോകസംഗ്രഹമായിട്ടേ ഒരു പ്രവൃത്തിയുള്ളൂ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യും സർവപ്രവൃത്തികളും അവർ പ്രത്യേകിച്ച് ലോകസംഗ്രഹത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നുള്ളതല്ല അവരുടെ സർവപ്രവൃത്തികളും ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ലോകസംഗ്രഹം അങ്ങനെ വരുന്നില്ല കാരണം അവിടെ സ്വാർത്ഥപരമായി ഒന്നും പ്രവർത്തിക്കേണ്ടി വരുന്നില്ല അവർ ജാഗ്രതായിരുന്നു ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പറയുന്ന പേരാണ് ലോകസംഗ്രഹം അപ്പോൾ അവർ ഏതെങ്കിലും ഗുഹയിലിരുന്ന് ധ്യാനിച്ചു തന്നിരിക്കട്ടെ അതും ലോകസംഗ്രഹ പ്രവർത്തിയാണ് എന്നാൽ സമൂഹത്തിന്റെ മധ്യത്തിലിറങ്ങി ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ എന്നാൽ അതും ലോകസംഗ്രഹ പ്രവർത്തിയാണ് അപ്പൊ പ്രവൃത്തി സർവ്വവും ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ലോക സമസ്ത സുഖനോ ഭഗന്തോന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ലോകസംഗ്രഹാണ് ആ പ്രാർത്ഥന ലോകസംഗ്രഹം അപ്പോൾ മുക്തന്മാരുടെ എല്ലാ പ്രവൃത്തികളും ലോകസംഗ്രഹമാണ് അപ്പോൾ ഒരാൾ മുക്തനായി ജീവിച്ചിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ജീവൻ മുക്തനെന്ന് പറയുന്നതാണ് മുക്തനായി ജീവിച്ചിരിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് ലോകസംഗ്രഹ അർത്ഥം പ്രവർത്തിക്കുന്നു എന്നതിനർത്ഥം അല്ല നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി മുക്തം ചെയ്യുന്നതിനോകസംഗ്രഹം എന്ന് പറയുന്നു എന്തുകൊണ്ട് ആ ജീവിതം കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല തനിക്ക് വേണ്ടി ചെയ്യാൻ താനെന്നുള്ള ഭാവമേ ഇല്ല പിന്നെ തനിക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയുന്നവര് ഇത് വരുന്നില്ല അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് തന്നെ പ്രവൃത്തി ആ പ്രവൃത്തി സർവവും പിന്നെ പ്രവൃത്തിക്കൊരു സ്വാർത്ഥപരമായ ആ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ സർവ്വ പ്രവൃത്തികളും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലും ലോകസംഗ്രഹം തന്നെ അതുകൊണ്ട് ജീവൻ മുക്തിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പ്രത്യേകിച്ചൊരു പ്രവൃത്തി ലോകസംഗ്രഹത്തിന് വേണ്ടി ചെയ്യുക അങ്ങനെയൊന്നുമില്ല എന്നറിച്ച് എന്തുകൊണ്ട് സ്വാർത്ഥമായ പ്രവൃത്തിക്ക് യാതൊരു നിലനിൽപ്പും അവിടെ ഇല്ല എന്നറിച്ച് അതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് പ്രാരംഭം എന്ന് പറയുന്നത് കാരണം ജ്ഞാനപ്രാപ്തി ഉണ്ടായിട്ടും ശരീരം നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പ്രവൃത്തി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിന് പറയുന്ന സമാധാനമാണ് പ്രാരബ്ധോമുറ ശങ്കരാചാര്യർ പറയുന്ന ഒരു സമാധാനമാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കണം ജ്ഞാനം നേടി എന്തുകൊണ്ടാണങ്ങനെ ഒരു പ്രാരബ്ധോമുറ സ്വീകരിക്കുന്നു കാരണം ജ്ഞാനം നേടുക എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അജ്ഞാനം നശിക്കുക ജ്ഞാനം ഉണ്ടാവുമ്പോൾ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പറയുന്നു അജ്ഞാനമാണ് ഈ ജന്മത്തിനും ജീവിതത്തിനും കാരണമായിരിക്കുന്നത് പറയുന്നത് കാരണം നശിച്ചു കഴിഞ്ഞാൽ കാര്യവും നശിക്കണം ഇതൊരു നിയമമാണ് ഒരു കാരണം നശിച്ചതിന്റെ കാര്യം നശിക്കണം കാരണം എന്ന് പറയുമ്പോൾ അതിന്റെ ഉപാധാന കാരണം നശിച്ചു കഴിഞ്ഞു ഇപ്പൊ ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്ന പേപ്പറുകൾ കൊണ്ടാണ് നമ്മൾ ഈ പേപ്പറുകളെ കത്തിച്ച് കളഞ്ഞാൽ പിന്നെ പുസ്തകം കാണും കാണുന്നില്ല കാരണം പേപ്പർ നശിച്ചു ഇപ്പോൾ അതുപോലെ കാരണം നശിച്ച് കഴിഞ്ഞാൽ കാര്യം നശിക്കണം അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ചോദ്യം വരും അജ്ഞാനമാണ് ഈ ജന്മ ജീവിതത്തിന് കാരണം ജന്മത്തിന് കാരണം ജീവിതത്തിന് കാരണമെങ്കിൽ അജ്ഞാനം നശിച്ച് ഈ ജന്മവും ജീവിതവും അവസാനിക്കണമല്ലോ അപ്പോൾ പിന്നെ ജീവൻ മുക്തരം എന്ന് പറയുന്ന ഒരാളങ്ങനെ നിലനിക്ക് കാരണം അയാൾ ജനിച്ച് ജീവിക്കണം ആ ജീവിതത്തിലാണ് അയാൾ ജ്ഞാനം നേടണം ജനിക്കുന്നതിനും ജീവിക്കുന്നതിനും കാരണമായിരിക്കുന്ന അജ്ഞാനമാണ് ജ്ഞാനം നേടിയപ്പോൾ അജ്ഞാനം നശിച്ചു നശിച്ചുകഴിഞ്ഞാൽ ജന്മം അവിടെ അവസാനിക്കണം ജീവിതവും അവിടെ തീർക്കും അങ്ങനെ ഒരു ചോദ്യം വരും അതിന് വരുന്ന സമാധാനമാണ് ഈ പ്രാരംഭമെന്ന് പറയുന്നത് ശാസ്ത്രജ്ഞർ പറയുന്നു അവിടെ പറയുന്ന എന്താണ് അജ്ഞാനം അതിന്റെ സർവ്വകാര്യങ്ങളെയും നശിപ്പിക്കുന്നു അജ്ഞാനം നശിക്കുമ്പോൾ അജ്ഞാനനാശം അതിന്റെ സർവ്വകാര്യങ്ങളെയും നശിപ്പിക്കുന്നു അജ്ഞാനമല്ല അജ്ഞാനനാശം അങ്ങനെ നശിപ്പിക്കുന്നുണ്ടെങ്കിലും ഒന്ന് ശേഷിക്കുന്നു എന്താണ് അതിന്റെ പേരാണ് പ്രാരബ്ധം അതുമാത്രം നശിക്കുന്നില്ല പ്രാരബം നശിക്കുന്നില്ല അത് നിലനിൽക്കുന്നു അങ്ങനെ പ്രാരബ്ധം നിലനിൽക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനികളെ അല്ലെങ്കിൽ ജീവൻ മുക്തന്മാരെ എല്ലാം നമ്മൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഒരാൾ ജ്ഞാനം നേടുന്നു അവരുടെ അജ്ഞാനം നശിച്ചു ഉടൻ ആ ശരീരവും നമ്മൾ കാണുന്ന രൂപവും എല്ലാം അപ്രത്യക്ഷമാണ് അങ്ങനെ ഒന്നും അപ്രത്യക്ഷമാകുന്നതായിട്ട് കാണുന്നില്ല ഞാൻ മരിച്ചാലും പോരാ ആളപ്രത്യക്ഷമായി തന്നെ ചെയ്യുന്നു കാരണം ഞാനിവിടെ പോയി അത് അപ്രത്യക്ഷമായി അപ്പം അതിന്റെ കാര്യം അപ്രത്യക്ഷമാവും അങ്ങനെ സംഭവിക്കുന്നില്ല നമ്മൾ കാണുന്ന എന്താണ് അവർ വീണ്ടും ജീവിച്ചിരുന്ന് പ്രവർത്തിക്കുന്നത് അതിന് പറയുന്നതാണെന്ത് അവിടെ ഒന്നും നശിക്കുന്നില്ല പ്രാരബ്ധകർമ്മം അപ്പ പ്രാരബ കർമ്മഫലമായിരിക്കുന്ന ഈ ശരീരവും അതിന്റെ പ്രവർത്തനങ്ങളും സഞ്ചിത ആഗാമി കർമ്മങ്ങളെല്ലാം നശിക്കുന്നു അതുകൊണ്ട് ഇനി ജന്മം ഉണ്ടാകുന്നില്ലെന്നേ ഉള്ളു ഉണ്ടായ ജന്മം അതിന്റെ ജീവിതത്തിനും മരണത്തിനും ഉള്ള കർമ്മങ്ങളനുസരിച്ച് അങ്ങ് സംഭവിച്ചോളൂ ആ ശരീരം ഇത്രകാലം നിലനിൽക്കണമെന്നും ആ ശരീരം ഇന്ന തരത്തിൽ നശിക്കണമെന്നും ഒക്കെയുള്ള കർമ്മങ്ങൾ കർമ്മ നിയമങ്ങളുണ്ട് ആ കർമ്മ നിയമങ്ങളനുസരിച്ചാണ് പിന്നെ ആ ശരീരത്തിന്റെ നിലനിൽപ്പ് നാശം നിലനിൽപ്പ് മാത്രമല്ല നാശം ഞാനീടെ ശരീര നാശം പോലും ആ കർമ്മത്തിന് ആ പ്രാരബ്ധ കർമ്മത്തിന് അധീനമായിരിക്കും അതുകൊണ്ട് നമുക്ക് ഞാനി കാണാൻ പറ്റുന്നു ഉപദേശം കിട്ടാൻ പറ്റുന്നു അപ്പൊ അതിന് പറയുന്ന വ്യക്തി എന്താണ് ഈ ജ്ഞാന സമ്പ്രദായം നിലനിൽക്കുന്നതും ഗുരുശിഷ്യ സമ്പ്രദായം നിലനിൽക്കുന്നതും ഈ ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ അറിയുന്നതുമെല്ലാം തന്നെ ഇതിന് തെളിവാണെന്ത് ഈ പ്രാരബ്ധം നിലനിൽക്കുന്നു അപ്പോൾ ഞാനിക്ക് അങ്ങനെ പ്രാരബ്ധു നിലനിൽക്കാതിരുന്നെങ്കിൽ ഈ ജ്ഞാനമെന്ന് പറയുന്ന ഒരു വാക്കും ഒരു ജീവനും കിട്ടത്തില്ല ലോകത്ത് ഒരു ഗുരുക്കന്മാരും കാണത്തില്ല അപ്പോൾ പ്രാരബ്ധം നിലനിൽക്കുന്നതുകൊണ്ടാണ് അത് നമ്മൾ പ്രത്യക്ഷമായ അനുഭവമാണ് ഗുരുക്കന്മാർ ജീവിച്ചിരിക്കുന്നു അവർ അപ്പോൾ ഞാനും നേടിയതിനു ശേഷവും അവരുടെ ശരീരം നശിക്കാതെ അവരുടെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനുള്ള എന്തോ ഒന്ന് അവശേഷിക്കുന്നു അതിൻ്റെ പേരാണ് അതിന് കൊടുക്കത്തിരിക്കുന്ന ഒരു പേരാണ് പ്രാരബം നേരത്തെ തന്നെ ഫലം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞതെന്നാണ് ആ ശബ്ദത്തിൻ്റെ അർത്ഥം പ്രാരബ്ധം അവിടെ നശിക്കുന്നില്ലെന്നാണ് അപ്പോൾ പ്രാരബമില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരാൾ ശരീരത്തോടു കൂടി നിന്ന് ഒരു ഗുരു അങ്ങനെ പിന്നെ ഒരു ഗുരുവിനെ നമ്മളങ്ങനെ അറിയും അങ്ങനെ ഒരു ഒരാളില്ല ഇത് എന്റെ ഗുരുവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇദ്ദേഹം ഞാനോപദേശം ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല അപ്പോൾ പ്രാരബ്ധം നിലനിൽക്കുന്ന കൊണ്ടാണ് അപ്പോൾ പ്രാരബ്ധമില്ലാത്ത അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഗുരുവിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ശരീരവും പ്രവൃത്തികളും ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ ശാസ്ത്രത്തിൽ തന്നെ ചെറിയടത്ത് പറയും എന്താണ് പ്രാരബം എന്ന് പറയും ഞാനിക്ക് പ്രാരബ്ധമില്ല എന്ന് പറയും ഇത് നമ്മൾ മുൻ ക്ലാസ്സുകളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പം ഞാനിക്ക് പ്രാരബ്ധമില്ല എന്ന് പറയുന്നെങ്ങനെ ഞാനീ ജീവിച്ചിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ശിഷ്യന് ഉപദേശം ചെയ്യുന്നതും എല്ലാം കാണുന്നത് അജ്ഞാനിയാണത് അപ്പം അജ്ഞാനിയുടെ ദൃഷ്ടിയിൽ അതിനാരോപിത ദൃഷ്ടി എന്നും പറയും ശിഷ്യന്റെ ദൃഷ്ടി അവിടെയാണെങ്കിൽ ഞാനീ ജ്ഞാനിയുടെ പ്രാരബ്ധമല്ല ഞാനീടെ അനുഭവത്തിലേക്ക് നമ്മളൊന്ന് കടന്നു നോക്കിയാലോ ഞാനീയുടെ അനുഭവം എങ്ങനെയാണ് ഞാനീടെ അനുഭവം ത്രികാലത്തിലും എനിക്ക് ബന്ധമോക്ഷങ്ങളില്ലായിരുന്നു ഞാൻ ഇതുവരെ ബന്ധനസ്ഥനായിരുന്നു ഇപ്പം മുക്തനായി നല്ല ജനന മരണങ്ങളോ ബന്ധമോക്ഷങ്ങളോ ഒന്നും തനിക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അപ്പോൾ കാലാതീതമായ സ്ഥിതി ചെയ്യുന്നവനാണ് ഞാൻ അപ്പം അങ്ങനെയുള്ള ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജനന മരണങ്ങളില്ല കർമ്മങ്ങളുമില്ല പ്രാരബ്ധില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പ്രാരബ്ധമില്ലെന്നും പറയാം അത് ആ ജ്ഞാനിയുടെ സ്വരൂപസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് പറയാം അപ്പം ഞാൻ എനിക്ക് പ്രാരംഭമില്ലെന്നും പ്രാരബ്ധില്ലെന്നും പറയാം അത് വേറൊരു രീതിയിൽ പറയണം ആത്മാവിൽ ബന്ധമോശങ്ങളില്ല എന്ന് പറയുന്നു പറയാന പക്ഷെ നമ്മൾ കാണുന്നുണ്ട് മുക്തന്മാരെയും നമ്മൾ കാണുന്നു പരിചയം അജ്ഞാനികളെയും കാണുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെയും കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് രണ്ട് തലത്തിലുള്ള വീക്ഷണവും വിശദീകരണമാണ് അപ്പോൾ ഒരു ജ്ഞാനിയെ ഒരു ഗുരുവിനെ ഒരു മുക്തനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പ്രാരംഭമില്ല ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് തലത്തിലാണെങ്കിൽ സമാധാനം അപ്പം ജ്ഞാനിയുടെ തലത്തിൽ ഇതൊന്നുമില്ല പക്ഷെ കാണുന്നവൻ്റെ ചോദ്യം ചോദിക്കുന്നതിൻ്റെ തലത്തിൽ അജ്ഞാനിയും ജ്ഞാനിയും നമ്മൾ വേട്തിരിക്കുന്നു അയാൾക്ക് വേട്തിരിക്കേണ്ട ഒരു അതിർ വരമ്പ് വേണം അപ്പോൾ ഞാൻ എനിക്ക് പ്രാരബമുണ്ട് എന്ന് നമുക്ക് സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് പ്രാരബമില്ലാത്ത അവസ്ഥ പിന്നെ ജീവിച്ചിരിക്കുന്ന അവസ്ഥ പ്രവർത്തിക്കുന്ന അവസ്ഥ അങ്ങനെ ഒന്നില്ല ഒരു ഞാൻ ജീവിച്ചിരിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾക്ക് പ്രാരബമെന്ന് പറയുന്ന ഒരു വിശദീകരണം ഞാൻ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് സർവെ എല്ലാ പ്രവർത്തികളും ലോകസംഗ്രഹം ചെയ്യുന്നത് പ്രാരബ്ധം കൊണ്ടുവന്നാണോ ചോദ്യം അപ്പോൾ അവരുടെ പ്രവർത്തികൾ ലോകസംഗ്രഹമല്ലാത്ത ഒരു പ്രവൃത്തിയില്ല എല്ലാത്തിനോട് ചേർത്ത് മൊത്തമായി പറയുന്ന പേരാണ് പ്രാരബം അടുത്ത് ചോദിച്ചിരിക്കുന്നത് മുക്തന്റെ ലോക സംഗ്രഹം കേവലം പ്രാരബ്ധവശാലാണെങ്കിൽ ഗീതയിൽ താഴെപ്പറയുന്ന ഉപദേശത്തിന്റെ പ്രസക്തി എന്താണ് കേവലം പ്രാരബ്ധം എന്ന് പറയുമ്പോൾ പ്രാരബ്ധം എന്നുള്ളതിനെ കുറിച്ച് ചോദ്യം ചോദിക്കുന്ന ആൾ മറ്റെന്തോണു ധരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് കേവലം പ്രാരബ്ഭം അങ്ങനെ ഒരു പ്രത്യേക പ്രാരബ്ധൊന്നുമില്ല പ്രാരബ്ധെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ സാധാരണയുടെ പ്രാരബ്ധെന്ന് പറയുമ്പം ഒരുപാട് കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ഉള്ള ഒരാളിന്റെ പ്രാരബ്ധമാണ് ഈ ചോദ്യ മനസ്സിൽ വരുന്നത് ആ പ്രാരബ്ധല്ല ഇവിടെ അങ്ങനെയുള്ള പ്രാരബമല്ല ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അതിൽ നിന്ന് കരകയറാൻ കഴിയുന്നുണ്ട് ഞാനിക്ക് അങ്ങനെ ഒരു പ്രാരബം ഇല്ല അതുകൊണ്ട് ഈ ഗീതയിലെ പദ്യവും എന്താണ് സത്താ കർമ്മ്യദ്ധ്വാൻസോ യഥാ കുറുമതി ഭാരത കുര്യാ വിൻ ചികേശ്വർ ലോക സംഗ്രഹം ഇവിടെ രണ്ട് തരത്ത് നേരത്തെ പറഞ്ഞല്ലോ ജ്ഞാനിയുടെ ലക്ഷണങ്ങളെ വിശദീകരിക്കുന്നു അജ്ഞാനിയുടെ ജ്ഞാനിയെ ഉപദേശിക്കേണ്ട കാര്യമില്ല വിദ്വാൻ കഥാകുരിയാകും ഞാനിങ്ങനെ പ്രവർത്തിക്കണം എന്ന് ജ്ഞാനിയോട് ആരും ഉപദേശിക്കേണ്ട കാര്യമുണ്ട് പിന്നെ ഞാനിങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയുന്നത് ഇപ്പൊ ജ്ഞാനനിഷ്ഠ ആയി പറയുന്ന ചില ലക്ഷണങ്ങൾ ഒരു മൂക്ഷുവിന് ഒരു സാധനയായി സ്വീകരിക്കാൻ പറ്റിയുണ്ട് ഇപ്പൊ ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഞാൻ ഈയുടെ നിഷ്ഠയാണെങ്കിൽ അത് മൂക്ഷുവിന്റെ സാധനയാണ് ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക അപ്പൊ ഞാനീയുടെ നിഷ്ഠ എവിടെയെല്ലാം പറയുന്നുണ്ടോ അത് മുമ്മക്ഷുവിന്റെ സാധനയാണെന്ന് ശങ്കരാചാര്യര് ഗീതാ ഭാഷയത്തിൽ സ്ഥിതപ്രജ്ഞലക്ഷണം തുടങ്ങുന്നതിന് തൊട്ടും വലിയ പറയും ആ ഭാഗമെടുത്ത് വായിച്ചു നോക്കുക അതാണ് ഇവിടെ പറയുന്നത് അജ്ഞാനികൾ കർമ്മം ചെയ്യുന്നു അതേപോലെ തന്നെ ഞാനീ കർമ്മം ചെയ്യുന്നു പ്രവൃത്തികൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഞാനീടെ സംഭാഷണത്തിൽ നിന്നോ ആ പ്രവൃത്തികളിൽ നിന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷെ ശാസ്ത്രം അത് ബോധിപ്പിക്കുന്നു രണ്ടെന്നും ഒരു വ്യത്യാസമുണ്ടെന്ന് ആ വ്യത്യാസം എന്താണ് ഒരാളവിടെ കടത്തൃത്വ ബോധത്തോടുകൂടി ചെയ്യുന്നു ഒരാൾ കടത്തൃത്ത ബോധം ഇല്ലാതെ ചെയ്യുന്നു അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഈ ആളിന്റെ ഉള്ളിൽ കടത്തുർത്തുബോധം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിയാൻ പ്രയാസമാണ് കാരണം അത് ആന്തരികമായ അനുഭവമാണ് ഒരാളിൻ്റെ ആന്തരികമായ അനുഭവത്തെ വേറൊരാളിനെ ഇങ്ങനെ ഗ്രഹിക്കാൻ പറ്റും അത് കേവലം വ്യക്തിനിഷ്ടമായ ഒരു കാര്യമാണ് സ്വ അനുഭവ സംവേദ്യം എന്ന് ശാസ്ത്രങ്ങളിൽ പറയും അതുകൊണ്ട് ജ്ഞാനിയുടെ അവർത്തൃത്വം അഭോക്തൃത്വം ആ ഭാവങ്ങളൊന്നും അജ്ഞാനിക്ക് സ്വർണ സംവേദ്യമല്ല തന്റെ ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല അജ്ഞാനിയായിരിക്കുന്ന തൊള്ളാറ് പിന്നെ എങ്ങനെ മനസ്സിലാക്കാം ശാസ്ത്രം അത് പറയുന്നു അങ്ങനെ ആയിരിക്കും ആ പ്രവൃത്തി നടക്കുന്നത് അവിടെ കർത്തൃത്വം ബോധമുണ്ടാകും ലോകസംഗ്രഹമായ പ്രവൃത്തി ചെയ്യുന്നതെന്ന് പറയും അപ്പോൾ അജ്ഞാനിക്ക് എന്ത് ചെയ്യാം അത്ര ഭാവന ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാം അതാണ് അതിന്റെ സാധനയാക്കാമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജ്ഞാനി താൻ അകർത്താവാണ് കേവലമായ ആത്മസ്വരൂപമാണെന്നുള്ള അപരോക്ഷമായ അനുഭൂതിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അജ്ഞാനി ആ അനുഭവത്തെ മാനസികമായി ഭാവന ചെയ്തുകൊണ്ട് പ്രവർത്തിക്കും അജ്ഞാനി എന്ന് വെച്ചാൽ മുമുക്ഷു സാധ അല്ല രണ്ടും തമ്മിലുള്ള ആത്മാവിന്റെ നിർലയപത്വം നിസ്സംഗത്വം തുടങ്ങിയവയെ തന്നിൽ ഭാവന ചെയ്തുകൊണ്ട് അയാൾ പ്രവർത്തിക്കുന്നു ഞാൻ കർത്താവല്ല ഭോക്താവല്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു ധാരണയിൽ അയാൾ ആ സാധന ഞാനീയുടെ ലക്ഷണത്തെ സാധനയായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതാണ് സോ അനുഭവത്തിൽ വന്നിട്ടല്ല മാനസികമായ ഭാവനയിൽ അതിന് പ്രവർത്തിക്കുന്നു അതിനുവേണ്ടിയിട്ടാണ് അതിനവിടെ പറയുന്നത് ലോകസംഗ്രഹം അങ്ങനെ ചെയ്യുന്നു അതാണ് കുര്യാ വിദ്വാൻ തഥാസംഗ ഞാൻ ഈ അസംഗനാണെന്ന് അറിയുന്നു അപ്പം താനും അസംഗനാണ് എന്ന് ഭാവന ചെയ്തുകൊണ്ട് അങ്ങനെ ഭാവന ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ട് കാരണം മുമ്മുഷു അയാൾക്കറിയാം ബോധമുണ്ട് താനും നിസ്സംഗനാണ് പക്ഷെ അങ്ങനെ ബോധമുണ്ടെങ്കിലും അതേസമയം തന്നെ മനസ്സിൽ സംഘം വരുന്നുണ്ട് ശരീരത്തോടും പ്രവൃത്തിയോടും അഹം അമാ എന്നുള്ള വിചാരങ്ങൾ വരുന്നുണ്ട് മാചാരങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ജ്ഞാനിയുടെ അവസ്ഥയെ ശാസ്ത്രം വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ഞാനിപദേശിക്കുന്ന അവസ്ഥയെ ഭാവന ചെയ്യുകയാണ് അങ്ങനെ ഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ബാഹ്യമായ ദൃഷ്ടി ജ്ഞാനിയുടെ കർമ്മവും അജ്ഞാനിയുടെ കർമ്മവും ഒരുപോലെ തന്നെയിരിക്കും അതാണ് യഥാകുറുവന്തി എന്ന് പറഞ്ഞത് പുറമേ കാണുമ്പോൾ പ്രവൃത്തി എന്നുള്ളത പക്ഷെ ഞാന് ചെയ്യുന്ന പ്രവൃത്തി അതിന് സ്വാർത്ഥമായ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ലോകം വേണ്ടി അപ്പം അതുപോലെ തന്നെ ഒരു അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഗീതയിൽ പറയുന്ന കർമ്മയോഗം അതിൻ്റെ മുഖ്യമായ അർത്ഥത്തിൽ എടുക്കുമ്പോൾ അത് മുമ്മുക്ഷുവിനുഷ്ഠിക്കാനുള്ളതാണ് അല്ലാതെ ഞാനിക്ക് വേണ്ടിയുള്ളത് കർമ്മയോഗം ജ്ഞാനിയുടെ കർമ്മത്തെ മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ശങ്കരാചാര്യ പറയുന്നത് ജ്ഞാനിയുടെ കർമ്മം എന്ന് പറയുന്നത് കർമ്മമേ അല്ല അതുകൊണ്ട് തന്നെ അത് കർമ്മയോഗത്തിൽപ്പെടുത്താൻ നോക്കത്തല്ല കാരണം കർമ്മം അജ്ഞാനിയിലേ ഉള്ളൂ അജ്ഞാനി ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കർമ്മയോഗം ഞാൻക്ക് ചിത്തശുദ്ധിയുടെ ആവശ്യമില്ല ചിത്തത്തെ ശുദ്ധമാക്കേണ്ട ആവശ്യം ഞാനിക്ക് വരുന്നില്ല അതെല്ലാം കടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ കർമ്മയോഗം അനുഷ്ഠിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ കർമ്മയോഗം അത് അജ്ഞാനിക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയുള്ള അജ്ഞാനി മമുക്ഷുവായിട്ടുള്ള അജ്ഞാനി മമുക്ഷു എന്ന് പറയുമ്പോൾ അയാൾക്ക് ആത്മാവിനെ കുറിച്ചുള്ള ബോധമുണ്ട് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നറിയാം അയാൾ തന്റെ അറിവിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് അല്ലെങ്കിൽ തന്റെ അറിവിന്റെ ദാർഢ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ അറിവ് അത് സ്വന്തം അനുഭൂതിയായി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് അവിടെയാണ് ഈ കർമ്മയോഗത്തിന്റെ പ്രസക്തിയുള്ള അങ്ങനെയുള്ള കർമ്മയോഗിക്ക് അയാളെ പൂർണമായും അജ്ഞനെന്നോ പൂർണ്ണ ജ്ഞാനിയെന്നോ പറയാൻ വയ്യാത്ത അവസ്ഥയാണ് അയാൾ ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും ലക്ഷണങ്ങൾ സമ്ജയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ആളിനെയാണ് ആ ആളിന്റെ പ്രവൃത്തിയും നമുക്ക് ലോകസംഗ്രഹ പ്രവൃത്തി എന്ന് പറയാം കാരണം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ജ്ഞാനിയുടെ പ്രവൃത്തി പോലെ തന്നെ ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറയാം പക്ഷേ ആ പൂർണ്ണമായ ലോകസംഗ്രഹം എന്ന് പറയാൻ പാടില്ല കാരണം എന്തുകൊണ്ട് അയാൾക്ക് ചെറിയ ചില സ്വാർത്ഥതകളാണ് എന്തുകൊണ്ട് അയാൾ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതും ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് തന്റേതായ ചില കാര്യങ്ങളും അയാൾക്ക് നേടണം ചിത്തശുദ്ധിയും ജ്ഞാനപ്രാപ്തിയൊക്കെ നേടണം അതിലുപരിയായ സ്വാർത്ഥ കാര്യങ്ങളൊന്നും നേടാനില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നിസ്വാർത്ഥമൊന്നും വിളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പൂർണ്ണമായ ഒരു ലോകസംഗ്രഹപ്രവൃത്തിയെന്ന് ഒരു മുമുക്ഷുവിന്റെ പ്രവൃത്തിയെ പറയാൻ പറ്റത്തില്ല ചെറിയ ചില എന്നല്ലോ അതിന് നമുക്ക് പറയാം ലോക സേവനം പരോപകാരാർത്ഥമായ പ്രവൃത്തി എന്നെല്ലാം പറയാം ആ ഒരു ചെറിയ സ്വാർത്ഥത കൂടെ ഞാനീലില്ലാതാകുന്നു ഞാൻ ജീവിത ആവശ്യമില്ല ചിത്തശുദ്ധിയുടെ ആവശ്യമില്ല ജ്ഞാനപ്രാപ്തിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഞാനീം ഒരു മുമക്ഷുവും തമ്മിൽ ഇത്രയും വ്യത്യാസങ്ങളാണ് അപ്പോൾ മുമുക്ഷുവിന്റെ നമുക്ക് ലോകസംഗ്രഹപ്രവൃത്തി എന്ന് പറയാം മൂക്ഷു ചെയ്യുന്ന സർവ്വപ്രവൃത്തികൾ ചിത്തശുദ്ധി ജ്ഞാനപ്രാപ്തി തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വാച്ച് ബാക്കിയുള്ള സർവ്വപ്രവൃത്തികളും ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് സംഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ പ്രാരബം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ചു കളയരുത് നമുക്കിഷ്ടമില്ലാത്ത എന്തോ ചില കാര്യങ്ങൾ മറ്റെന്തോ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി നിവൃത്തിയില്ലാതെ ചെയ്യുന്നു അതുപോലെയുള്ള എന്തോ ഇതിനെയാണ് ഇവിടെ പ്രാരബം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ധരിച്ചു കളയരുത് എന്ന് പറയുന്നത് തികച്ച് സാങ്കേതികമായ ഒരു ശബ്ദമാണ് അവന് അദ്വൈത ശാസ്ത്രത്തിൽ അതിൻ്റെതായ പരിഭാഷ വ്യാഖ്യാനം കൊണ്ട് സാധാരണ ധരിക്കുന്ന പോലെ പ്രാരബ്ധെന്നൂടെ ധരിച്ചുളയരുത് അതുകൊണ്ട് ഞാനുടെ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രാരബ്ധെന്ന് പറയാം അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ജ്ഞാനം തന്നെയാണ് അതിൻ്റെ ലക്ഷണം ബാഹ്യമായ ലക്ഷണങ്ങളിലൂടെ ആ ഞാനിയെയോ ജ്ഞാനിയുടെ അവസ്ഥകളെയൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമാണ് പിന്നെ അത് പറയുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു മുമുക്ഷും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനീ മനസ്സിലാക്കേണ്ട ആവശ്യം വരും അപ്പോൾ അയാളുടെ പുരോഗതി അനുസരിച്ച് അയാളുടെ ആധ്യാത്മിക സാധനയുടെ പുരോഗതി അനുസരിച്ച് അയാൾക്ക് ഈശ്വരൻ അയാളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് ഞാന് പറയുന്ന സമാധാനം ഈശ്വരൻ അങ്ങനെ ഒരു ബോധം അയാളുടെ ഉള്ളിൽ ഉണ്ടായിക്കൊള്ളുന്നു ഞാനീ കുറിച്ചും ഞാനത്തെ കുറിച്ചോ എന്ന് മന്ത്രത്തിന്റെ ആമുഖമായി ഇവിടെ പറയുകയാണ് ഇതിവിടെ പറഞ്ഞ കാര്യങ്ങളൊന്ന് മാനുഷദൈവ വിത്തസാധ്യം ഫലം ശാസ്ത്രലക്ഷണം പ്രകൃതിദയാതം മാനുഷ ദൈവവിത്തസാധ്യം മാനുഷവിത്തം ദൈവവിത്തം അങ്ങനെ രണ്ടു തരത്തില് വിത്തമുണ്ട് മാനുഷവിത്തം എന്ന് പറയുന്നത് ഈ കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളെയാണ് മാനുഷവിത്തം എന്ന് പറയുന്നത് ശരീരശേഷി ധനം ഗോ ഹിരണ്യാദികളെന്ന് പറയുന്നത് സ്വർണം പശുക്കളും ഇതൊക്കെ വേണമെന്നോ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യാം അതിനെയാണ് മാനുഷവിത്തം എന്ന് പറയുന്നത് ദൈവവിത്തം നേരത്തെയും വന്നിട്ടുണ്ട് ദൈവതോപാസന എന്ന് പറയുന്നത് ഇത് രണ്ടിലൂടെയും സാധ്യമായിരിക്കുന്ന ഫലം അതായത് കർമാനുഷ്ഠാനത്തിലൂടെയും ദൈവത സാധ്യമാകുന്ന ഫലം എന്താണ് ശാസ്ത്ര ലക്ഷണം ശാസ്ത്രമാണ് അതിന് ലക്ഷണം ലക്ഷണം എന്ന് പറഞ്ഞാൽ പ്രമാണം ശാസ്ത്രം അതിന് പ്രമാണമാണ് എന്താണത് പ്രകൃതി ലയാന്തം പ്രകൃതി ലയം വരെയുള്ള ഫലങ്ങളാണ് ഇതുവരെ പറഞ്ഞ കാര്യത്തെയാണ് ഈ ഒറ്റ വരി പറഞ്ഞിരിക്കുന്നത് ജ്ഞാന കർമ്മ സമുച്ചയാനുഷ്ഠാനത്തിലൂടെ സാധ്യമായിരിക്കുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ ഉപാസന കർമ്മ സമുച്ചയത്തിലൂടെ സാധ്യമായിരിക്കുന്ന ഫലവും അല്ലെങ്കിൽ കേവലമായ കർമ്മം കേവലമായ ഉപാസന ഇതിലൂടെ സാധ്യമാകുന്ന ഫലങ്ങൾ ഇത് അങ്ങനെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ പ്രകൃതി ലയം വരെയുള്ള ഫലങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഈ ഫലങ്ങളെല്ലാം എന്താണ് ഏതാവതി സംസാരഗതി സംസാരഗതി എന്ന് പറയുന്നത് ഇത്രയുമാണ് ഏതാവതി ഇത്രയുമാണ് സംസാരഗതി അതായത് ജനന മരണങ്ങളുടെ ഈ പോക്ക് ഇതുവരെയാണ് പ്രകൃതി ലേയം വരെ പോകാം ഈ ജ്ഞാനകർമ്മ അനുഷ്ഠാനങ്ങളിലൂടെ ഞാൻ വെച്ചാൽ ഉപാസനം ഉപാസന കർമാനുഷ്ഠാനങ്ങളിലൂടെ ഇതുവരെ പോകാം ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ അതാണ് അടുത്ത് പറയുന്നത് അതപ്പരം പൂർവോക്തം ആത്മീവാഭൂത് വിജാനത സർവാത്മഭാവ സർവേക്ഷണ സന്യാസ ജ്ഞാനനിഷ്ഠ ഫലം അതപ്പരം ഇതിനപ്പുറം ഈ സംസാരഗതിക്കപ്പുറം എന്നർത്ഥം ജനന മരണരൂപത്തിലിരിക്കുന്ന സംസാരഗതി പ്രകൃതി ലയാന്തം വരെ സംസ്കാരമാണ് കാരണം പ്രകൃതി ലയോ എന്ന് പറയുന്ന ഒരു വലിയ മരണമാണത് ജനന മരണത്തിൽ ഉൾപ്പെടുന്നതേ ഉള്ളൂ അതൊരു വലിയ മരണം ദീർഘകാലം ഉള്ള ഒരു മരണമാണ് പ്രകൃതി അതുകൊണ്ട് അദ്ദേഹപ്പെർവോക്തം ആത്മീയ ഭൂത് വിജാനി പറഞ്ഞു പൂർവോക്തമായ ആത്മീയ ഭൂത് വിജാന ശോക മോഹ എന്നെല്ലാം പറഞ്ഞാൽ സർവാത്മഭാവ സർവാത്മഭാവമാണ് ഇതിനപ്പുറമുള്ളത് സർവേഷണാ സന്യാസം ജ്ഞാനനിഷ്ഠാ ഫലം സർവേഷണകളെയും സന്യസിച്ച ജ്ഞാനനിഷ്ഠ അതാണ് അതിൻ്റെ ഫലം അവിടെ സാധനയായിരിക്കുന്ന എന്താണ് സർവേഷണാത്യാഗം അതിലൂടെ എന്ത് വരുന്നു ജ്ഞാനനിഷ്ഠ ആ ജ്ഞാനനിഷ്ഠയിലൂടെ ജ്ഞാനനിഷ്ഠയാണ് അവിടുത്തെ ഫലം അതുതന്നെ മുക്താവസ്ഥ ഞാനിവിടെ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് സർവകർമ്മ സന്യാസത്തിലൂടെ ജ്ഞാനപ്രാപ്തി നേടി ജ്ഞാനനിഷ്ഠ മുക്താവസ്ഥ അതാണ് അതിന്റെ ഫലം ദ്വിപ്രകാര പ്രവൃത്തി നിവൃത്തി ലക്ഷണവും അത്ര പ്രകാശിത ഇങ്ങനെ ദ്വിപ്രകാര രണ്ടു തരത്തിലുള്ള പ്രവൃത്തി ലക്ഷണം നിവൃത്തി ലക്ഷണം പ്രവൃത്തി ലക്ഷണം കർമ്മമാർഗം നിവൃത്തി ലക്ഷണം സന്യാസമാർഗം ഇതാണ് വേദാർത്ഥം വേദത്തിന്റെ അർത്ഥം താല്പര്യം ഇതാണ് ഇതാണ് അത്ര പ്രകാശിത ഇവിടെ ഈശാവാസി ഉപനിഷത്തിൽ ഇതാണ് പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം ഭാഷകാരൻ ആവർത്തിച്ച് പറയും ഒരു മനുഷ്യന് ഈ രണ്ട് മാർഗം കൂടിയുള്ള സ്വീകരിക്കാൻ ഒന്നുകിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി പ്രവൃത്തി സ്വീകരിക്കണമോ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോവുക നിവൃത്തി സ്വീകരിക്കണമോ അത് ഉപേക്ഷിക്കുക ഇതാണ് വേദത്തിന്റെ താല്പര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് പറയുമ്പോൾ നമ്മൾ വേറൊന്നും തിരിച്ചരിക്കരുത് ഗൃഹസ്ഥാശ്രമത്തിൽ ആത്മീയതയില്ലെന്നുണ്ടാ എന്റെ അർത്ഥം ഗൃഹസ്ഥാശ്രമത്തിൽ ആത്മീയതയോ ആത്മീയാനുഷ്ഠാനങ്ങളോ ഇല്ലെന്നു അല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്ന സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ അത് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് അസാധ്യമാണെന്നാ പറയും അവിടെ സാധനങ്ങളൊന്നും അനുഷ്ഠിക്കാൻ സാധ്യമല്ല എന്നാ പറയും സർവകർമ്മ സന്യാസപൂർവമായ ഞാൻ നിക്ഷേപം എന്ന് എന്നാണ് തത്ര പ്രവൃത്തി വിധി പ്രതിഷേധ ലക്ഷണസി പ്രകാശനെ പ്രവർഗ്യാന്തം ബ്രാഹ്മണം ഉപയുക്തം തത്ര എന്ന് വെച്ചാൽ ഈ വേദത്തിൽ പ്രവൃത്തി ലക്ഷണാർത്ഥ പ്രവൃത്തി ുള്ള വേദാർത്ഥം അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അതെങ്ങനെയാണ് വിധി പ്രതിഷേധ ലക്ഷണത്തെ അവര് വിധിയും നിഷേധങ്ങളും കൊണ്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ക്രിസ്മസ് സമ്പൂർണ്ണ കർമ്മങ്ങളും അതിന്റെ പ്രകാശനെ വെളിപ്പെടുത്തുന്നതിൽ പ്രവർഗ്യാന്തം പ്രവർഗ്യം വരെയുള്ള ഭാഗങ്ങൾ വേദത്തില് ബൃഹദാരണ്യകം എന്ന് ബ്രാഹ്മണത്തിന്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ വരെയുള്ളതിനാണ് പ്രവർഗ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രവർഗ്യം അവിടെ പ്രവർഗ്യം എന്ന് പറയുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് അവിടെ വിശദീകരിക്കുന്നത് വൈദിക കർമ്മമാണ് ഈ ബൃഹദാരണ്യ ബ്രാഹ്മണത്തിന്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ വരെയുള്ള ഭാഗം തന്നെയാണ് പ്രവർഗ്യാന്തം ബ്രാഹ്മണം ഉപയുക്തം അതിനുവേണ്ടി നീക്കിവെച്ചിരിക്കുന്നു എന്നാണ് എന്നുവെച്ചാൽ അതുവരെയുള്ള ഭാഗങ്ങൾ വേദത്തെക്കുറിച്ച് പറയുകയാണ് അതുവരെയുള്ള ഭാഗങ്ങളെല്ലാം എന്താണ് പ്രവൃത്തി നിവൃത്തി രൂപത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിവൃത്തി ലക്ഷണസ്യ വേദാർഥസ്യ പ്രകാശിനി അതൌർധം ബൃഹദാരണ്യകം ഉപയുക്തം ആ ബൃഹദാരണ്ക ബ്രാഹ്മണത്തിന്റെ അത ഊർധ്വം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം അധ്യായത്തിന് ശേഷം ഉള്ള ഭാഗമുണ്ട് അതെന്ത് പറയുന്നു നിവൃത്തി ലക്ഷണത്തി വേദാർത്ഥ നിവൃത്തി രൂപത്തിലുള്ള വേദാർത്ഥം സർവകർമ്മ സന്യാസി രൂപത്തിലുള്ള വേദ താല്പര്യമാണ് വേദാർത്ഥ്യ പ്രകാശിനി ആ വേദാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിനു വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയുക്തം ആയിരിക്കുന്നത് അത് ചുമതലപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് അതിനു വേണ്ടിയിട്ടാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ബൃഹദാരണ്യത്തിന്റെ ആദ്യത്തെ രണ്ട് അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ കർമ്മങ്ങളെക്കുറിച്ചും അത് കഴിഞ്ഞു വരുന്ന ഭാഗങ്ങളിൽ ജ്ഞാനത്തെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവകർമ്മ സന്യാസത്തെ കുറിച്ച് തത്ര ഞാൻ വിശദീകരിക്കുന്നു നിഷേധാദി ശ്മശാനാന്തം കർമ്മകുറവൻ വിദ്യ സഹ അപരബ്രഹ്മവിഷയ അവിടെ ഒരു നൃത്തം തത്ര നിഷേധാതി ശ്മശാനാന്തം കർമ്മകുറവൻ നിഷേധം തുടങ്ങി ശ്മശാനാന്തം വരാനുള്ള കർമ്മങ്ങൾ അതായത് ഗർഭാധാനം ത്തിൽ തുടങ്ങി മരണം വരെയുള്ള കർമ്മങ്ങൾ അവിടെ വിശദീകരിക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമി ഇവിടെ കർമ്മമാണ് ഗർഭാധാനം സന്താനോത്പാദനം തുടങ്ങി മരണം ശ്മശാനത്തിൽ വരെ ചെയ്യേണ്ട കർമ്മങ്ങൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് ജിജീവിഷേ ഗ്രഹസ്ഥൻ യഹ വിദ്യയാ സഹ അപരബ്രഹ്മവിഷേയ ആ കർമ്മങ്ങളും അപരബ്രഹ്മവിഷേയ വിദ്യയാ അപരബ്രഹ്മം ഭരണ്യഗർഭൻ ഭരണ്യഗർഭനെ സംബന്ധിച്ചുള്ള വിദ്യ ഉപാസന കാര്യബ്രഹ്മ ഉപാസനയും ഈ നിഷേധാദി ശ്മശാനം വരെയുള്ള കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ജീവിച്ചോളൂ എന്നാണ് പറയുന്നത് തത് ഉക്തം അക്കാര്യം ഇവിടെ ശ്രുതിയിലും പറഞ്ഞു എന്താണ് വിദ്യാം അവിദ്യാം യഹ തദ്വേദ അവിദ്യയാമൃത്യം തീർത്തു അവിദ്യയാമൃതം അശ്രുതി ജ്ഞാനകർമ്മങ്ങളെ സമുച്ഛയിച്ചനുഷ്ഠിക്കാൻ പറഞ്ഞു ഇത് ഗസ്ഥാശ്രമിയുടെ കർമ്മത്തെക്കുറിച്ച് പറയുന്നു അതായത് ഞാന കർമ്മ സമുച്ചയമായി അനുഷ്ഠിക്കുന്ന ഉപാസകന്റെ അയാളുടെ സാധാരണ ഉപാസകൻ എന്നാ പറയുന്നത് അതിനെ കുറിച്ച് പറയുന്നു ഉപാസകന്മാർ പലതരത്തിലുണ്ട് നേരത്തെ പറഞ്ഞു സന്യാസത്തിലുണ്ട് ഉപാസന ഇവിടെ പറയുന്നത് ഗൃഹസ്ഥന്റെ ഉപാസനയെ കുറിച്ചാണ് ഗൃഹസ്ഥന്റെ കർമ്മത്തിലാണ് നിഷേധാദി ശ്മശാനാന്തം വരെയുള്ള അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങളും അയാൾ അതോടൊപ്പം എന്താണ് ഹിരണ്യ ഗർഭുവാസനയും ചെയ്യുന്നത് തത്ര കേനമാർഗേയാണ് അമൃതം അശ്വനിദേവി തിരിച്ചത് അങ്ങനെ ജ്ഞാനകർമ്മ സമുച്ചയം അനുഷ്ഠിക്കുന്ന ഒരുവൻ കേനമാർഗയാണ് ഏത് മാർഗത്തിലൂടെയാണ് അമൃതത്വം അയാൾക്ക് ലഭിക്കേണ്ടതായ അമൃതത്വം നേരത്തെ പറഞ്ഞ് കർമ്മമുഖിയാകാം അതിൽ തന്നെ പലതരത്തിലുണ്ട് പ്രകൃതി ലയം ആകാം ആ അമൃതത്വം അശ്വനിദേവി രീതിയിലാണ് അയാൾ പ്രാപിക്കുന്നത് പിച്ചിരി അത് പറയുന്നു ഞാനിപ്പോഴാണ് ഇത് കാണുന്നത് ഇതിനകത്ത് കുത്തും കോമയും ഒന്നുമില്ല ഇത് കൈക്ക് അടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷനാണ് മണ്ഡലീ പുരുഷാസ്യ ദക്ഷിണേ അക്ഷൻ പുരുഷ ഉഭയം സത്യം ഇത്രയും ബൃഹധാരണത്തിൽ ഒരു ഭാഗത്തെ എടുത്ത് കാണിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് ഈ പുസ്തകമാണ് കഴിയിരിക്കുന്നതെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഇത് ഭാഷ്യം എഴുതിയിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും ഇത് വേർതിരിച്ച് കൊടുത്തിട്ടില്ല ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ് ഉപാസനയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് വരുന്നതാണ് അല്ല എനിക്കിത് മതി കൈ ഇരിക്കുന്നവർ നോക്കിയാണ് ഒരു ഭാഗത്തെ എടുത്ത് കാണിച്ചിരിക്കുകയാണ് ഗൃഹാരത്തി വരുന്നതാണ് ഇവിടെ മുമ്പ് പറഞ്ഞു എന്നൊരു ഭാഗത്തെക്കുറിച്ച് പറയാണ് തത് സത്യം ഹിരണ്യഗർഭനെ കുറിച്ച് ഇവിടെ പറയുകയാണ് ആ സത്യം തന്നെയാണ് ഇവിടെ സത്യം എന്ന് പറയുന്നത് കാര്യബ്രഹ്മത്തെക്കുറിച്ച് ഹിരണ്യഗർഭനെക്കുറിച്ച് പറയുകയാണ് സ ആദിത്യ അവൻ തന്നെയാണ് ആദിത്യൻ എന്നുവെച്ചാൽ ആദിത്യ മണ്ഡലത്തിലിരിക്കുന്ന പുരുഷൻ അത് തന്നെയാണ് മണ്ഡലേ പുരുഷോ ഈ കാണുന്ന ആദിത്യ മണ്ഡലത്തിൽ കാണുന്ന പുരുഷൻ ദക്ഷിണേ അക്ഷൻ പുരുഷ ആ പുരുഷൻ തന്നെയാണ് സമഷ്ടിയിൽ ഈ ആദിത്യ മണ്ഡലമാകുന്ന ഉപാധിയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ പുരുഷൻ ആ പുരുഷൻ തന്നെയാണ് ഈ ദക്ഷിണാക്ഷിയിൽ ഈ ജീവന്റെ ദക്ഷിണാക്ഷിയിൽ ഈ കണ്ണിൽ ദക്ഷിണഭാഗത്തുള്ള ഈ കണ്ണിലിരിക്കുന്നത് ഏതത് ഉഭയം സത്യത് രണ്ടും ഒരേ സത്യമാണ് എന്ന് പറയുന്നുണ്ട് അതായത് ഈ പുരുഷനെ കുറിച്ച് ശ്രുതിയിലിങ്ങനെയാണ് പറയുന്നത് സമഷ്ടിയായ ഈ പ്രപഞ്ചത്തിനും ആദിത്യനാകുന്ന ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് ഒരു പുരുഷ സ്ഥിതി ചെയ്യുന്നുണ്ട് ഹിരണ്മയ പുരുഷ ആദിത്യ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് അതേപോലെ ഈ കണ്ണിന് വിരിപ്പുണ്ട് ഒരു പുരുഷൻ എന്തുകൊണ്ടാണ് ആദിത്യനിൽ ജീവിക്കുന്ന പുരുഷനാണ് ഈ കണ്ണിന് വിരിക്കുന്നതെന്ന് പറയുന്നത് കാരണം ആദിത്യത്തിൽ നിന്നും വരുന്ന പ്രകാശരശ്മികളാണ് ഈ കണ്ണിനെയും പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ ആ പ്രകാശരശ്മികളുടെ സഹായത്തോടെ കണ്ണ് പ്രവർത്തിക്കുന്നുള്ളൂ അതുകൊണ്ട് ആദിത്യനും ഈ കണ്ണുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പം പ്രകാശം കണ്ണിൽ നിന്ന് നിർഗമിക്കുന്നതും പ്രകാശമാണ് ആദിത്യനില് നിന്ന് നിർഗമിക്കുന്നതും പ്രകാശമാണ് ആദിത്യനും ഒരു സമഷ്ടിഭാവമാണെങ്കിൽ ഈ കണ്ണെന്ന് പറയുന്നതിന്റെ ഒരു ചെറിയ വൃഷ്ടിഭാവമാണ് അതിന്റെ ആകൃതി ബോധം ആദിത്യനെ പോലെയാണ് ആദിത്യൻ പ്രകാശിക്കുന്നതുപോലെയാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഈ കണ്ണ് ശരീരത്തിലിരുന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടും നമ്മുടെ കാഴ്ചയിൽ പോലും രൂപത്തിൽ പോലും രണ്ടും സാമ്യത ഉള്ളതാണ് ഇപ്പോൾ ഈ ആകാശത്ത് വിശാലമായ ആകാശത്ത് സൂര്യൻ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ ശരീരത്തിൽ കണ്ണ് അതായത് കണ്ണെന്ന് പറയുമ്പോൾ ഒന്നാണ് ഒരു വെളുത്ത ഭാഗം അതിൻ്റെ നടുത്തൊരു വൃത്തത്തിൽ ഒന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ചെറിയ സൂര്യനാണ് അപ്പൊ ഈ രണ്ടും തമ്മിൽ വളരെ രൂപത്തിലും ആകൃതിയിലും അതിന്റെ ധർമ്മത്തിലും എല്ലാ സാമ്യതയാണ് അതുകൊണ്ട് പറയുന്നു അതിലിരിക്കുന്നതും ഇതിലിരിക്കുന്നു ഒരേ ശക്തി ഒരേ തേജസ് തന്നെയെന്ന് പറയുന്നു അത് സത്യമാണ് രണ്ടിനെയും ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് ഒരേ ചൈതന്യം ഇരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറയുന്നതും ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ് ഏത് സത്യം രണ്ട് സത്യമാണ് എന്നുവെച്ചാൽ രണ്ടിനെയും ഉപാധിയായി ഇരിക്കുന്ന ചൈതന്യം അത് സത്യമാണ് അതിനെയാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ബ്രഹ്മ ഉപാസിന യഥോക്തർമ്മ യഹസ്വാക്കാല പ്രാപ്തേ സത്യാത്മാനം ആത്മനഃ പ്രാപ്തിദ്വാരൃ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ബ്രഹ്മോപാസനെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ധരിച്ചുകൊണ്ടും ഹിരണ്യഗർഭോപാസനയാണ് യഥോക്ത കർമ്മ കർമ്മം ചെയ്യുന്നു ഇതുവരെ പറഞ്ഞു വന്നിരിക്കുന്ന അതാണ് ഇങ്ങനെ പ്രത്യേക എടുത്ത് പറഞ്ഞത് ഞാനിപ്പോ താഴോട്ട് നോക്കിപ്പോഴാണ് അതിന്റെ വ്യാഖ്യാനത്തില് എഴുതിയിരിക്കുന്ന ഹി ഹൂ വർഷിറ്റ് ബ്രഹ്മൻ ഇവിടെ ഭാഷകാരൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന വ്യാഖ്യാതോടെ എഴുതിയിരിക്കുന്നു ആവശ്യമെന്താ ബ്രാക്കറ്റിൽ ഇവിടെ ട്രൂന്നിവിടെ കൊടുത്തിട്ടുണ്ട് അതില്ലായിരുന്നെങ്കിൽ ശരിയായിരുന്നു അപ്പൊ ഇവിടെ പറയുന്നത് കാര്യബ്രഹ്മത്തെയാണ് അതിനെ അങ്ങനെ പറയത്തില്ല വ്യാഖ്യാനങ്ങളുടെ അവസ്ഥ ഇതാണ് എത്രയോ ഭാഗങ്ങളിൽ ഈ കാര്യം ഭാഷയത്തിൽ ഇതുവരെ ഉള്ളതെന്നൊന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഉപാസന എന്ന് പറയുന്നത് കാര്യബ്രഹ്മോപാസനകളൊക്കെ പറയുന്നത് ഹിരണ്യഗർഭ ഉപാസനയാണ് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ശ്രദ്ധിച്ച് മനസ്സിലാക്കാതെയാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത് അപ്പൊ യാദൃശ്യമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ കണ്ട കാര്യമാണ് അപ്പൊ ഇവിടെ സ്വാഭാധികമായ ബ്രഹ്മമാണ് കാര്യം അതിന്റെ ഉപാധിയാണ് ഇവിടെ പറയുന്നത് ആദിത്യനെന്ന് ആദിത്യ മണ്ഡലമാണ് അതിന്റെ ഉപാധി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയത്തെ കുറിച്ചുമാണ് അപ്പോ പറയുന്ന പ്രകരണം എന്താണ് വിഷയം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാതിരിക്കുക അത് വ്യാഖ്യാതാക്കളുടെ ഒരു രീതിയാണ് ഈ വ്യാഖ്യാനങ്ങളെ കുറിച്ചായിരിക്കും എല്ലാവരും പഠിക്കുന്നത് ജ്ഞാനികളാകുന്നു ബ്രഹ്മോപാസിന കർമ്മ സമുച്ചയത്തെ കാണിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ചാ പറഞ്ഞിരിക്കുന്നത് കാര്യം ബ്രഹ്മത്തുപാസിക്കുകയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ യഹ അവൻ സ്വാന്തക്കാലെ അവന്റെ അവസാന സമയം അവന്റെ അവസാന സമയം എടുക്കുമ്പോ എന്ത് ചെയ്യുന്നു സത്യാത്മാനം ആത്മനഹ പ്രാപ്തിദ്വാരം യാചട്ടേ അവനെന്ത് ചെയ്യുന്നു പ്രാപ്തിദ്വാരം യാചത നേരത്തെ പറഞ്ഞതായ അമൃതത്വ പ്രാപ്തിക്കുള്ള മാർഗത്തെ ദ്വാരമൊന്നിച്ച മാർഗം ആരോട് സത്യാത്മാനം ആ സത്യാത്മാവിനോട് ഹിരണ്യഗർഭനോട് യാജത്തെ പ്രാർത്ഥിക്കുന്നു ആ ഹിരണ്യഗർഭനോട് പ്രാർത്ഥിക്കുകയാണ് സത്യാമാനം ആത്മനഹപ്രാപ്തിദ്വാരം അത് യാചിക്കുന്നു കാരണം അതുവരെ അവൻ ഉപാസിച്ച ആ ഹിരണ്യഗർഭനോട് ഇവിടെ ടൂന്നെഴുതിയതിന് കാരണമുണ്ട് കാരണം ഇവിടെ സത്യം എന്നുള്ള ശബ്ദം വന്നതുകൊണ്ടാണ് താഴെ എഴുതിയിട്ടുണ്ട് പ്രേ ടു രണ്ട് ഗർഭനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആത്മഹ്രാപ്തി തന്റെ ആത്മനാ തന്റെ പ്രാപ്തിദ്വാരം ആ മോക്ഷപ്രാപ്തിക്കുള്ള ആ മാർഗത്തെ പ്രാർത്ഥിക്കുകയാണ് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം എന്ന് പറയുമ്പോൾ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ദക്ഷിണായന മാർഗം മറ്റുരായണ മാർഗം ഇയാൾ പ്രാർത്ഥിക്കുന്നു ഉത്തരായണ മാർഗത്തെയാണ് അതാണ് പ്രാപ്തിദ്വാരം എന്ന് പറയുന്നത് ഉത്തരായണ മാർഗത്തിലൂടെ പോയാലേ കർമ്മമുക്തി ഉണ്ടാകത്തുള്ളൂ ദക്ഷിണായന മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ പിതൃലോകത്തി നേരത്തെ പറഞ്ഞു വിദ്യയാ ദേവലോക കർമ്മണ പിതൃലോക വിദ്യയാ ദേവലോക കേവല കർമ്മികൾ പോകുന്ന മാർഗമാണ് ദക്ഷിണായന മാർഗം ഇവിടെ ഉത്തരായണ മാർഗം അതാണ് പ്രാപ്തിദ്വാരം അപ്പൊ ഈ പ്രാപ്തിദ്വാരമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് ഉത്തരായണ മാർഗം അതാണ് ദ്വാരമെന്ന് വെച്ചാൽ മാർഗം താഴെ കൊടുത്തിട്ടുണ്ട് ദി മാർഗം പക്ഷെ എന്താണെന്ന് നമ്മൾ വിശദമാക്കിയിട്ടില്ലെന്നേ ഉള്ളൂ എഴുതിയാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത് അതിനെ യാത്ര അയാൾക്ക് ഉത്തരായണ മാർഗത്തിലൂടെ പോകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആരോട് ആ തന്റെ ഉപാസ്യ ദേവനോട് പ്രാർത്ഥിക്കുകയാണ് സത്യാത്മാനം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അതിനുവേണ്ടിട്ടാണ് ആ ബൃതാൻ നിപുഷത്തിനെടുത്ത് പറഞ്ഞത് ദക്ഷിണേ അക്ഷൻ പുരുഷ ഏത് ദുഃഭയും സത്യം അതുകൊണ്ടാണ് സത്യാത്മാനം പറഞ്ഞത് രണ്ടും ഒരേ സത്യമാണ് എന്നാണ് അഭിരണീയർഭം തന്നെയാണ് രണ്ടടുത്തു വിരിക്കുന്നത് സ്വാഭാധികമായി നിരുപാധികമായിരിക്കുമ്പോൾ അത് തന്നെ പരമാത്മാവ് പക്ഷെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ സ്വാഭാവികമായ ഭാവം എന്തുകൊണ്ടു ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയം അതാണ് ഇവിടുത്തെ വിഷയം ഈ പ്രാർത്ഥനയും കാരണം മാർഗപ്രാപ്തി മാർഗ യാദിക്ക എന്നൊക്കെ പറയുന്നത് ഞാനിക്കതിന്റെ ആവശ്യമുണ്ട് കാരണം ഞാനിക്ക് പിന്നീട് പോകാൻ വഴിയില്ല ഞാനീ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് മരണസമയത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല മരണസമയത്ത് എഴുന്നേറ്റ് ചമ്രം പടഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല കണ്ണടച്ച് ശ്വാസം പഠിക്കേണ്ട കാര്യമില്ല യാതൊന്നും ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ മാർഗപ്രാപ്തിക്ക് വേണ്ടി ിക്കേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ ഇവിടെ പറയുന്നത് ഞാന കർമ്മസമുച്ഛയം അനുഷ്ഠിക്കുന്നയാളാണ് ഉപാസകനാണ് ഉപാസകന് പോകേണ്ട വഴികളുണ്ട് അതാണ് ഉത്തരായണ മാർഗം ഞാനിക്കങ്ങനെ ഒരു മാർഗമില്ല ഞാനിക്ക് ഉത്തരായണ മാർഗമില്ല ഇന്ന കാലത്തിൽ മരിക്കണമെന്നില്ല ഇന്നവിടെ ഇല്ല സസ്യപ്രാണാഹി ജൈവ സമവലിയ അവന്റെ പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങളെല്ലാം ഇവിടെ തന്നെ തീരുന്നു പിന്നെ ആവശ്യം മറ്റേ അങ്ങനെയല്ല ഇന്ദ്രിയങ്ങളെല്ലാം സഞ്ചരിക്കും രണ്ടും തമ്മിൽ വ്യത്യാസം അതൊക്കെ പറയുന്നത് അതാണ് അടുത്ത മന്ത്രം ഹിരൺമേയേന പാത്രേണ എന്ന് പറയുന്ന അടുത്ത മന്ത്രം അതാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്